അതിന്റെ കിതാബ് എന്ന് പേര് പറഞ്ഞ എങ്ങനെയാണോ കലാമിദി അയ്യൻ അതുകൊണ്ട് കിതാബ് ചെയ്യപ്പെടുന്നുണ്ട് ആ കലാമുണ്ട് അപ്പൊ കിതാബ് ഉള്ള അപ്പൊ ഹിതാബി എന്നുള്ള മസ്തറാണ്ബു മുഹാത്തബത്തൻ ഹിതാബൻ മസ്തറല്ലേ അപ്പൊ മക്തര് പറഞ്ഞിട്ട് ഇസ്മുപ്പലും മുറാദാക്കന് കിതാബിന്ന് മുഖാത്വ കിതാബ് ചെയ്യുന്ന അർത്ഥം അതെന്തുകൊണ്ടാണ് കിതാബ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവായ കലാമേതാണ് ആ കലാമ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ മക്തർ മക്തർ ഇവിടെ ഡിട്ട് മക്തര് മുറാബ് നോക്കി ഇല്ല ഇല്ലേ അപ്പൊ ഇസ്മഫ് മുറാതാദി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല വയസ്സ ബാക്കി പിന്നെ മസ്തരീയത്തിന്റെ മേലെ ബാക്കി ഉണ്ടാവില്ല തെരുവിൽ ഒന്ന് പറഞ്ഞല്ലോ മസ്തന്ന വായനാളുണ്ടാവില്ല കലാമൊന്നുമില്ല ബോക്കി തന്നെ ഒന്ന് ഏതാണ് അതാ മസ്തരീയത്തിന്റെ വായന ഒരു മുഖാർത്ഥമായ മനുഷ്യൻ അവിടുണ്ടാകുക അതിലേക്ക് ഒരു കലാമിനെ തൗതിയാത്തലാണ് കിതാബ് എന്ന സ്ഥാപനം അയാളെ കേൾപ്പിച്ചുകൊണ്ടിട്ട് കാര്യം പറയും എന്നല്ലത് അവിടുണ്ടാവൂലാം അതാണ് മക്തജീത്തിന്റെ മായന ആ മായനമ്മിൽ ഇപ്പം ബാക്കിയില്ല അത് ആക്കി മറച്ചുല്ലേ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് മക്തജീത്തിന്റെ മേൽ ബാക്കിയില്ലാന്ന് പറയാൻ കഴിഞ്ഞില്ലേ അത് ആ അർത്ഥം കൂടെ വെച്ചാൽ ആവൂലാം റക്കുമത് ഷാഹീന്റെ താരിഫ പറയുന്നത് ഹിതാബ് ഉള്ളഹി അപ്പൊ തൗജിഹാണ് ഹിതാബ് എന്ന അർപ്പം കൊടുത്തു കഴിഞ്ഞാല് ഒരു ഹക്കുമായി അള്ളാന്റെ വക്കൽ നിന്നുള്ള തൗജിഹ അത് അള്ളാന്റെ വാർത്തയിൽ നിൽക്കുന്നത് ഹുക്കും കൊടുക്കാവൂല്ല അവന്റെ ഇബാലുകളോട് അള്ളാഹുത്താല കലാമിന് തൗജിഹാകൽ എന്ന് പറയുന്ന അത് അസരിയായ അള്ളാഹാലെ കലാമിന്റെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അത് നടക്കൂല സിഹത്ത് സഹിയാവൂല അപ്പോ വലയിട്ട മക്തരീയത്തി എന്ന് പറഞ്ഞു തരീരാണ് ഏതീ ആ മക്തരീയത്തിന്റെ മാന തൗജീഹുൽ കലാം എന്നാണ് മഹാത്മേയങ്ങളായ ഇമാരുകളോട് അവന്റെ കലാമെ തൗജീഹാക്കന് അത് അന്നാരെ ആസ്വദിക്കുന്ന കാര്യമാണല്ലോ അത് ഹുക്കുൻ വിസ്ലയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കില്ല അത് സഹയ്യാവിന്റെ എന്തുകൊണ്ടാണ് തഹീയാബാദിലെ നവ തരീഫുന്നിൽ അസലിയ അസലിയയാ കാല ഖിതാബിന രാജീ ഫർദ് നമുക്ക് തഹീയ്ുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഹുക്മുന്ന തരീഫുകൊണ്ടാണ് കിതാബുല്ലാഹി നമ്മളെ മെലിപ്പിക്കപ്പെട്ട ഔറ ഹുക്മുല്ല നിങ്ങൾ ഇന്നതു ചെയ്യണം ദൈദൂടാണ് അതിനാണ് രാജീ പറയുന്നു മഹാദ ഇത് ഇതെ കിതാബുല്ലാഹി എന്ന് പറഞ്ഞ തരീഫുന്ന ജിസ്റവിയാ ഒരു താരീഫ് എന്ന് പറയുമ്പോൾ ജീൻസും പൊട്ടലും കൂട്ടണം തന്നെ പറഞ്ഞ് അർത്ഥാകണമെങ്കിൽ അപ്പൊ അതിലെ ജീൻസിന്റെ സ്ഥാനത്താണ് കിട്ടാവുന്ന പലതും പെട്ടു അപ്പൊ കീ അതിലെന്തെല്ലാം പൊട്ടി കലാമുഹൂ താര അന്നാലെ കലാമൂലും പൊട്ടി എങ്ങട്ടത് അൽമു ആൽമുക്കല്ലീ മുക്കല്ല തീങ്ങളല്ലാത്തതിനോട് വർദ്ധിക്കുന്നവരാ ഞാനത്തെ കറക്തസമാവാസി കലക്കത്തമാവാത്തിയാവും കിതാബുദ്ധിന് വന്നല്ലോ അന്നാവിനായി കയ്യോ അതും വന്നല്ലോ അതുകൊണ്ടാണ് മഹലൂ കാത്തു വഴി ഒരു ബന്ധമില്ല കല്ലപ്പൂര് നോക്കണ്ട മഹലൂ കാത്തിന് ബന്ധമില്ല അന്നാ നല്ല മാതിരി ഒന്നും ആവുന്നു എല്ലാവരും വന്നിട്ടുണ്ട് ഏതുപോലെ കക്കാൻ മുട്ടാനിലേക്ക് മിതവാത്തിയും അവരുടെ നാത്തുമായി ബന്ധപ്പെട്ടതുപോലെ അത് നൈരണ്ടും മിസാലാണ് അതെപ്പോ മുക്കല്ലപ്പിനാന്നില്ലാണ്ടീ ഹിതാബുനാഹി എന്ന് പറഞ്ഞ ജിൻസിൽ ഇപ്പൊ എന്തെല്ലാം പെട്ടെന്ന് അരി കയ്തുകൊണ്ട് ഹാജാക്കല്ലേ വേണ്ടി അല്ലെ ഹിതാബുലാഹി എന്ന് പറഞ്ഞ് പറഞ്ഞതിൽ എന്തെല്ലാം പെട്ടുണ്ട് അള്ളാഹുദാഹിനെ പറ്റി പറഞ്ഞ കിതാബം പെട്ടിട്ടുണ്ട് ആകാശമെ പറ്റി പറഞ്ഞ കിട്ടാകം പെട്ടിട്ടുണ്ട് മുക്കല്ലപ്പ് തന്നെ പക്ഷെ മുക്കല്ലപ്പികളെ പേരുമായി ബന്ധപ്പെട്ടതെല്ലാം അതുപോലെ കൺമുട്ടാനത്ത് മിതവാസിമായി ബന്ധപ്പെട്ടവരെ ആ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് അതാണ് അതിനെ കുറിച്ച് പോലെ സിപ്പാർത്തി അമ്മ സിപ്പാർത്തുമായി ബന്ധപ്പെട്ടവരാണ് അമ്മ അന്നു ഒന്നാമു അഹത് ടൈക്കട്ടി ശൈബുൾ ഇതെല്ലാവരും വന്നിട്ടുണ്ട് فعاله الله نافعه ما يبنطبطن يلا بيقن إلا أفضل ما جمعه كامل جانده حتاب الله إليه ونه إلا أنتنا خايد ورطان ألا بركة وغلقه أفضل نفعه في الدكوري المتعليق <متحدث> وعفال <سؤال> المكلفين يند الخايد ورطان أنتا قال خوصر خوصر وغلقه حيوانا ونباليق درن نمبر درن ناتق ورغل ورغل مكينا مرتب ويلا خاضره അതുകൊണ്ട് പുറത്തുപോയി അൽ മുത്തും മുഖല്ലായി ബന്ധപ്പെടാത്ത മുത്തല്ലക്കോട്ടുണ്ടെന്ന് എല്ലാം ഹാജീരിക്കും അതിലൊന്നപ്പം പേരില്ല അറക്കുമെന്ന് പേരില്ല പാത്രം കുറിച്ച് അങ്ങാന്റെ കിതാബ് തന്നെ ചെയ്ത് കയ്യിലോണ്ട് പോയി അഹ് മുക്കല്ലഫീന എന്ന കയ്യിലൊണ്ട് എല്ലാം ചരായി അകക്കുമെന്ന് പുറത്തുവിടും ുമായിട്ട് ഈ കലാമിന്റെ താലൂക്കുകളൊന്നാണ് പറഞ്ഞത് അല്ലെ ആ താലൂക്കിന്റെ ജിഹത്തേതാ താലൂക്ക് തെസീറാണോ താലൂക്ക് തഫ്സീസാണോ താലൂക്ക് ഇഞ്ചിഷാക്കാണോ താലൂക്ക് ബജാനാണോ പഴയ താലൂക്കുണ്ടല്ലോ മുക്കല്ലപ്പിന്റെ ഫെയില് തന്നെ മുക്കല്ലപ്പിന്റെ ഫെയില ഞാൻ പഠിച്ചതാണ് അപ്പൊ താലൂക്ക് തെസീറാണ് നിങ്ങളെ വക്കലിൽ നിന്ന് സാധരാകുന്ന നിങ്ങളെ പണി അതെന്താ നിങ്ങളതല്ല എന്റെ വക്കലോക്കാണ് അന്ന പറയുന്നത് എന്ന് വെച്ചാൽ അള്ളാന്റെ കുതൂറത്തനോട് ബന്ധപ്പെട്ടിട്ട് അള്ളാനെ അക്തൂർത്തിപ്പോ താലൂക്ക് തീർച്ച അതും കൂടെ കൂടുതലാണ് അത് താലൂക്കിന് ഹൈഹി കൊടുക്കണം താലിലൊക്കെ തരാലിക്കണം അതിന് മുട്ടാലും വ്യക്തങ്ങൾക്കല്ല ചെയ്യും മക്കളിലെ ഫീങ്ങളെ പേരുമായിട്ട് താല്ല്ല്യാണ കിതാബിനാ ഈ കിതാബിന്റെ ഏരിയായി താലുക്ക് അയാത്രീ ചർച്ച ഉണ്ടാവുമല്ലോ ഒന്നാന്റെ ചില കാര്യങ്ങൾക്ക് വേറെ മഹറുഖാത്തിനാണ് താലുക്കാത്തല്ലോ ഹയാത്ത് എന്ന് പറഞ്ഞത് താലൂക്ക് തീരേയില്ല അതെല്ലാത്തിനും ശ്രദ്ധ പിന്നീട് ബാക്കിയുണ്ട് കൊതിരത്തുണ്ട് ഇറാദത്തുണ്ട് ഇൽമണ്ട് പിന്നെ സൺന്റ് മസറണ്ട് ആറ് സിഫാ താഴെ ബാക്കിയുണ്ട് കൊതിരത്തിനോട് കുതിരത്തിന്റെ താലൂക്കുണ്ട് എന്നോട് അവരോ കുടുക്കും എന്താ താലൂക്ക് താലൂക്ക് തീയദും ഏതാവിനും സ്ത്രീ വരങ്ങൾ നടത്താനുള്ള തഹസീറാകീർന്ന് പറയും മാധവമാനെ മോധു താക്കലോ മോധു അതിനെ മാധവമാക്കലോ ഇള്ളതിനെ തങ്ങീറാക്കലോ ഒക്കെയാണ് കുതിരത്തിന്റെ തഹസീറാത്തുകൾ ഇറാദത്തിന്റെ താലൂക്കുണ്ട് മുൻകിനാത്തിനോട് എന്താണ് താലൂക്ക് ഭക്തുകൊണ്ട് അമ്മാം കൊണ്ട് മക്കാൻ കൊണ്ട് സുഹൃത്തു കൊണ്ട് കൃതാറുകൊണ്ട് മുതലായ അതിനെ പ്രത്യേക രൂപം കൊടുക്കലാണേ ഇറ അത് മുൻകിനാത്തിനോടാണ് ഇൽമിന്റെ വാല്യൂക്കുണ്ട് എങ്ങിനോട് എല്ലാത്തിനോടും മുൻകിനാത്ത് മാത്രല്ല വാജിബിനോടും പിന്നെ മുൻകിനാത്തിനോട് എല്ലാ മഹിയത്തിനോടും താല്യൂക്കുണ്ട് എങ്ങനെയാ എല്ലാം താലിലൊക്കെ ഇങ്കിശാപ്പം കലാമിന്റെ വാല്യൂക്കുണ്ട് എന്തിനോട് ഈ എൽമിന്റെ മൊത്താലക്കാർ എന്താണ് എല്ലാത്തിനോടും ഇൽമിന്റെ മൊത്താലെ ജവാസും ഇൻഖാനും മൂന്നല്ലേ പക്ഷെ കലാമിന്റെ താലിലൊക്കെ നിൽക്കുന്ന താലുകൾക്ക് ഭയാനും മുതലായാണ് കലാമോടേണ്ട ആവശ്യം എന്താന്ന് ഇന്ന അറിയിച്ചുകൊടുക്കരുത് എൽമിന് ഇംഗ്ലീഷ് ആഫാമൻ അങ്ങോട്ട് അവതരിപ്പിച്ച് വളർക്ക് അറിയിച്ചു കൊടുക്കലാണ് എന്നുണ്ടെങ്കിൽ ആ താലൂക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താലൂക്ക് തെഴുത്തീറായിക്കൂടാന്ന് അന്നേരം ആ കുതിരത്തിലേക്കല്ലേ പോവുക അപ്പൊ ഒന്നു കലക്കും അമ്മ താമലൂൻ എന്ന പറഞ്ഞിപ്പോ കാര്യായി ആ താലൂക്കിന്റെ നിങ്ങളെയും നിങ്ങളെ നിങ്ങളെയും എന്ന് പറയുന്നത് ആർത്തയോട് ബന്ധപ്പെട്ടത് അത് ആ മുത്താലുക്കും അൽ മുക്കല്ലക്കിനോട് പുറത്തു വരികക്കും ഒമാ താമരൂൻ എന്നുണ്ടെങ്കിൽ താലൂക്കിന് ചീകൃത്തുണ്ട് ആ താലൂക്ക് എന്തയക്കണം നിങ്ങളെ അമലിനെ സംബന്ധിച്ചിടത്തോളം അമരവന് പറഞ്ഞിട്ടുണ്ട് ഒമാ താമരൂൻ അല്ലേ പക്ഷെ ചാമല് എന്റെ കുതിരത്തിന്റെ തെളിതീറത്തിൽപ്പെട്ടതാണ് അവിടെ അറിയിക്കുന്നത് ഇതല്ലാണ്ട് നിങ്ങളൊരു പണിയെടുക്കുകയും എന്ന തലാകത്തല്ല അപ്പൊ ഒമാ താമരൂൻ എന്നുള്ളത് അൽ മുത്താലുഖു എന്റെ താലൂക്ക് അയച്ചത് കൊണ്ടാണ് പുറത്തുപോയത് سألتها أما أنه وَالْمُرَادُ يبرا مراده كتاب الله المتعلق اندى وعند الله تعالق لك كتاب إني مكلف اندى فعيل مؤجر تعالق لك أبرا كتاب إليه خواهنا متعلق متعلق إليه مكلف اندى فعيل ألاع إيه تعلق نجيهتلا إيه متعلقا يا خطاب متعلقا يا فعال ما اللي تعلق نجيهتلا تعلق آآ دلارة أو إنه بيانور دلارة ما بياني عدا إيه الكرم إن الله يلا تعلق تيطير ولا انكشاف تعلق تيطيرو تعلق انكشاف وليا بجولا لنجل سيئن بنيئ والله خضير بما تعملون ില്ലേ നിങ്ങൾ എന്ത് പണിയെടുക്കുന്നുവോ എല്ലാം അതറിയുന്നുണ്ട് ഒല്ലാവും ഷഹീദിന അമലൂൻ അവിടെ ഉണ്ടല്ലോ നിങ്ങൾ അമലുമായിട്ട് അള്ളാന്റെ പിത്ത പക്ഷേ ഷഹീദെന്നോ ഹബീർ എന്നോ അലീമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ താലൂക്ക് ഇംഗ്ലീഷാ നിങ്ങൾ ചെയ്യുന്ന ഞാൻ അറിയുന്നുണ്ടെന്നല്ല പറയും അവിടെ ഉള്ളത് വന്നാവും കലക്കും അമാ തായ്മലോലെന്നു പറയുമ്പോൾ നിങ്ങളെ മാ തായ്മലോന് എന്റെ മഹുക്കാന്ന് പറയുമ്പോൾ താലൊക്കെ തെളിത്തീറാം അതും കൂട്ടൂല ഇന്ന പണി നിങ്ങളെ പൊക്കുന്നുണ്ടാകണം എന്ന് തലവുമായ തെലവിന്റെ വില അറിയിക്കുന്നതാ ആ പണി നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് എനിക്ക് ആവശ്യം ഞാൻ ആവശ്യപ്പെടുന്നു എന്നുള്ള കരാത്ത ഉണ്ടാകുന്നത് അപ്പൊ ഉത്തരവുകൊണ്ടിരുന്നത് എന്നോട് ചെയ്യാം റിയിച്ചു പറഞ്ഞതാ എവിടെ കാൽ മുക്കല്ലെ വിത്തലി ആ ഭാഗം ഭാഗവത്തം വേണ്ടേ സബബി ആണോ അല്ല മുലാബസത്താണോ മുലാബസത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് അതിനോട് മുസാഹബത്തിന്റെ പന്തുണ്ട് എന്ന് സബബിയാക്കാൻ പാടില്ല തലബന് കാരണക്കാർ അങ്ങനെ പറഞ്ഞുകൂടല്ല അതെ ആ മുലാപസത്തി ഗുലാപക പിന്നെ ഓണീച്ച എന്നുവെച്ചാൽ ഈ ഹിത്താമിരി തലവുമായി ബന്ധപ്പെട്ടിരിക്കണം മുഖത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട തല്ലുക്കായ ഈ ഹിതമുണ്ടല്ലോ കല ഈ കലാമിരി ഒരു തലവുണ്ടാവണം നിങ്ങൾ ചെയ്യുക ഒരാശ്യപ്പെടുന്നു നേരം ഞാൻ നേരക്കേണ്ട അന്നേരം അമ്പ്രോ അല്ലെങ്കിൽ ഒരു ഖബറ് പറഞ്ഞതിനു ശേഷം ഹബറിയ ജിംലെന്താക്കും ഇന്ന സ്വലാത്ത കാലത്താലൽ ഇങ്ങനെ കിതാബം മൂക്കൂത്തന്നുള്ളൊരു തലവില്ല ജമൂൽ ജമാ പറഞ്ഞെന്താന്ന് തലവിലേക്ക് മറിക്കാൻ കഴിയുമോ നിസ്കാരം എന്നുള്ളത് മുക്കല്ലപ്പിന്റെ പേരാണ് അല്ലേ അത് കിതാബം നോക്കൂട്ട എന്ന പണത് ഹബറിയ ജിംലിപ്പോ തലബോടുള്ള ഈശാരല്ലല്ലോ എന്നാലും അത് ഈശായിലേക്ക് മറിക്കാമെന്നെങ്ങനെ നിസ്കാരം എന്ന പണി അത് കിതാബൻ അപുർവ്വതവും സമന് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാനും ഉണ്ടല്ലോ കിതാബൻ നോക്കൂട്ട് രണ്ടാവും അപ്പോൾ അക്കീം മുസലാഹന്റെ വാര്യയിലേക്ക് മറിക്കാൻ റാമാണെന്നവർക്ക് തുല്യമുസ്തി ഹാറാമെന്നുണ്ടല്ലേ അരിത്തന്നെ ഇല്ല അപ്പൊ അവിടെ ആറാമാണെന്ന പണി തലകോട്ടിൽ ഒന്നല്ലോ അതായത് അത് ചെയ്യല്ല അവിടെ പണി തടസ്സം അവിടെ വന്നിട്ടില്ലല്ലോ അതായത് ദുഃഖത്തന്മിയില്ല കൃത്യൻ മണിയുള്ളത് അല്ല മുട്ടിൻ ഈ ബായി തല്ലുക്കാണോ ദി ഹിതാബിൻ ഹിതാബിനോട് ഹിതാബുല്ലാഹി ദി തബീൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിതാബ് അല്ലേ അത് മുലാബസത്തെ മാഹു കൽക്കു ആ മുലാബസത്തി മാ ഒന്നിന്റെ മുലാബസത്ത് ഇപ്പൊ ഇവിടെ നോക്ക് ഒന്ന് ഹിതാബും ഒന്ന് തലബോ ഉള്ളത് ഹിതാബിന്റെ തലവുമായി ഉപസത്തു പോണമെന്നല്ലോ പറയുന്നത് ദലിപ്പുണ്ടായത് ബാവുണ്ട് ഒന്ന് ഹിതാബിന്റെയും തലബിന്റെ അടിയിലാണ് ഭാവ് കൊണ്ട് കണക്ഷൻ കൊടുത്തത് അല്ലേ ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് പുല്ലിയായ ഒരു സാധനവും അതിന്റെ ഈ സാധനം തമ്മിൽ കണക്ഷൻ ചെയ്തത് പോലെയാണ് അതല്ല ഇത്തലാഖ് പുല്ലിയെന്ന് പറയുന്നില്ല അപ്പൊ ഇവിടെ പുല്ലിയായ കിതാബാ പുല്ലി എല്ലും അക്കലബെല്ലാം ഹിതാബാന്ന് പറയാ ഹിതാബെല്ലാം തലബായി കൊള്ളുന്നുണ്ടോ ഇഹ്ബാറാ അപ്പൊ അവിടെ ഹിതാബ് ആ ഹിതാബിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ജുസീയാണ് തലവ് ഇന്നത് ചെയ്യണേ ഇന്നത്തെ ചെയ്തുകൂടെ എന്താ പറയുക ഇനി അതല്ലാത്ത ഇനങ്ങൾ അപ്പൊ പുല്ലിയായ ഒന്നിനോട് അഥവാ ഹിതാബിനോട് യുതിയാത്തിൽപ്പെട്ട പോലത്തെ ഒരു സാധനമാണ് തലവ് ആ തലബുട്ടുള്ള വത്താവിണ്ടായത് പുല്ലിയും തമ്മിലെ വന്തം പോയാലാപസക്കുലാപതത്തിന്റെ ആ വകുപ്പ് പറയുന്നേ ഉള്ളൂ ഇല്ലാപ്പത്ത് പറയില്ലേ ഇപ്പൊ മാലിക്കമ്പലേക്കുള്ളാപ്പത്താണ് അല്ലെങ്കിൽ ഹാൻഡ് മാലയിലേക്കില്ലാപ്പത്താണ് ആലത്തിലേക്കില്ലാപ്പത്താണ് എഴുത്തിന്റെ വേണിയാവുന്നു അപ്പൊ എന്താ ഈ എന്ന് പറഞ്ഞാൽ കൊല്ലീനെ ജ്യൂസിക്ക് മാറ്റി പൂക്കി എടുക്കാനുള്ള മുലാപസ്ത അവിടെ ഉള്ളത് കൊല്ലി കിതാബ് പറഞ്ഞോക്കെ തിരിയോ തലബ് എന്നുള്ള അഖസ്താണ് എല്ലാ തലവും അള്ളാഹാക്കലിൽ നിന്നുള്ള തലബെല്ലാം കിതാബാണെന്ന് പറഞ്ഞുകൂടാ തലബിൽ വീത കിതാബിലാണെങ്കിൽ തലവ് ചെയ്തു അപ്പൊ തലബ് ഹാസും കിതാബ് ആമുമാണ് അപ്പൊ ആമ്മാണേ പുല്ലിയാകെ അപ്പൊ പുല്ലി ആ ഒരു സാധനം അതെന്ന ഹിതാബിനോട് അതിന്റെ ജ്യുസ് ഈ ആ തിപ്പെട്ട ഒരു സാധനമാണ് തലവനേ പോലെ അതിന്റെ ഈ പറയാൻ കാരണം പോയതോന്നത് അഖിക്ക് തലകു പിന്നെയും അമ്മ അഖി കൊണ്ടുള്ള തലബാൻ മേല നിക്കാരം കൊണ്ടുള്ള തലഭാഗ്മല്ലേ ജുസന്ന് തലകു പിന്നെയാണ് നടക്കുന്നത് അപ്പൊ ഈ ഏത് മനുഷ്യനെ ഇൻസാനം ഹയവാലും കൂടെ നോക്കിയാൽ ഇൻസാൻ ഹയവാലിലേക്ക് ചേർത്ത എന്താണ് ജുസഇന്ന് ഹൈക്കിയല്ല ഹക്കീക്കു നൈക്കു നിൽക്കണ്ടേപ്പാ എന്ന് പറഞ്ഞ മാതിരിയായി ഹിതാബിന്റെ ഹക്കുസല്ല ഏത് തലവ് എന്ന തലബിന് എനിവാതിരി വെക്കാനുണ്ട് സോമ കൊണ്ടുള്ള തലവ് പിന്നലാത്ത് കൊണ്ടുള്ള തലവ്കരിക്കാനുള്ള തലവ് മറ്റേ സരാക്രല്ലാരുടെ ഇനി ജുസിയാ തുറച്ചിയില്ലേ അല്ല ചെറിയ വരിക അങ്ങനെ വേറെ പറഞ്ഞ കാവിട്ട് പറഞ്ഞത് കൊല്ലിയ് പോലെ ആയ ഒരു സാധനം ഇത് അതിനാ അതിന്റെ അതിന്റേതായ ജുസിയ് പോലെ അതെങ്കിയ സിയല്ല അതായത് മന്ത്രി മോദിനെ ആദ്യോണ്ട് ഇളാ പറഞ്ഞ മോദിന്റെ പങ്കെടുപ്പിൽ ചെയ്യുന്നു അപ്പൊ ഇത് തിരിയാൻ ആ ഇപ്പൊ തിരിഞ്ഞില്ലേ ദിശാബോധത്തോടുകൂടി ആ വന്നി കൊള്ളുന്നു അതെ വത്തലബു ഇനി തലബ് എന്നുള്ളത് ശാമിലൊല്ലി അക്കത്താവിൽ അറുമാറ്റി തലബിന്റെ നാല് കിസ്മത് ഉൾക്കൊള്ളൂ അങ്ങനെ ക്ഷരന്റെ തലവ് തെറുക്കിന്റെ തലവ് രണ്ട് ും ജാതിമ ഓരോണം റൈറോ ജാതിന്റെ ജാതിമണ്ണ് വാജിബ്ഡ് റൈറോ ജാതിമ് മുസ്താഹ് സുനത്ത് തെർക്കിന്റെ ആ ജാതിമ് അറാംഹത്ത് ഇബാഹത്തും ഇത്രവും വന്ന് രണ്ടും സമമായത് നാലെണ്ണം പന്ന് ഇത് إما طلب فيلن أو تركن اونിക്കിൽ ഫൈലനെ തലബാവനെ തർക്കിനെ തലബാവ വഫീ കല്ലിൻ ഓരോന്നിന് ഇമ്മാ ജാദിമുൽ ഔ റൈറ ജാദിൻ എന്നെൻ പറഞ്ഞു വഖൗലുഹു അബില്ലി ബആദ ലദി മാത്ൂഹുന അനതറബി തലബിനെ മേലെ മാത്ൂഫാണ് ഇബാഹത്ത് എന്നുള്ളത് വഖൗലുഹു മുസന്നിഫ് തങ്ങൾ പറഞ്ഞു വൽ വദീലഹുമാ വൽ വദീ എന്നുള്ളത് മാത്ൂഫാണ് ഇബാഹത്തിന്റെ അടുക്കപ്പം അപ്പൊ തലബിന്റെ മോൾ ഇബാത്ത് ഇബാത്തിന്റെ മുകളില് അതായത് അത്തപ്പ് സാധാരണ ഈ അവസാനം പറയുന്ന മുകളിലാണോ മോളിലാണോ നല്ല ചർച്ച പോലെയാണ് ഇതൊരു ഇഞ്ചിനാണ് ഇഞ്ചിനുള്ള കമ്പാർട്ട്മെന്റുകൾ ടേക്ക് കമ്പാർട്ട്മെന്റ് ഇഞ്ചിനോടാണോ കണക്ഷൻ അല്ല ഈ ബേക്കറി കമ്പാർട്ട്മെന്റോടാണോ മതപ്പിനെ കൊടുക്കും പോട്ടിണ്ട് അതിന് ഏവരെന്തോ ചർച്ച ഉണ്ടോണ്ടത്തെ മതപ്പിനു ആക്കണ്ടേ അതിനു പറഞ്ഞത് അതെ അതൊത്തന്നെ ചെച്ച് മാറൂ വയ്യ കൺവീനല്ല ചെച്ചിന് വേണ്ടിയിട്ടുള്ള കനീറും അല്ല പല ആണ് ഇങ്ങനെ ഒരുപ്പം അതായത് വിബാഹത്തിന്റെ മോളെ മാത്തുവപ്പമാണ് വിവാഹത്താണെങ്കിലോ തലമിന്റെ മോളെ മാത്തുവന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ിബാഹത്തി വള്ളിബാഹത്തു മാതോഫ് നല്ല തലബി അതാ വന്ദ എന്നതിൽ തെത്തിഞ്ഞാനുള്ള മീറുണ്ടല്ലോ അത് ആ ഇതൊൻ അല തലബി വല്ല മേലും വിബാഹത്തിന്റെ മേലും കൂടിയാണ് മുടങ്ങുന്നത് അപ്പൊ തലബിനും ഇബാഹത്തിനും വേണ്ടി വകുപ്പിപ്പോ ഒന്നേ രണ്ടിനും ഉണ്ട് അപ്പൊ അഞ്ച് വെക്കുമിനോട് വക തലത്തിൽ നാല് ഒക്കുമില്ല ഇപ്പൊ ഇപ്പാത്തിൽ ഒരു ഉക്കുമല്ലേ അപ്പൊ ചെറായിയായ തക്ലീഫിയായ അഞ്ച് ഹുക്കുമിനും വധേണ്ടല്ലോ ലോഹ്മയോട് കൂടിച്ച് ആ അഹിതാബിൽ വബൈന്റെ തലാലത്തുണ്ട് ഒമൻ സരിത മിങ്കും ഹു ആണെന്ന് തോന്നുന്നു സമാൻഷം നീക്കുമ്പോ ശഹദ നല്ലതാ സുഹൂദ് ഷഹർ ഷുഹൂദു സെഹറുമായിട്ട് ബന്ധപ്പെട്ടില്ല അതും വന്ന പോന്നെയാണല്ലോ അതെ അതെ സുഹൂദുഷറാണ് പൊതുവായി അതെ സുഹൂദ് ഷെഹറിനെ വടാക്കി വെച്ചിട്ടുണ്ട് എന്തിന് സ്ഥലമിന്റെ സോർമിന്റെ തലബ് വെച്ച് കഴിഞ്ഞ സമൂഹമാണ് തലബ് അപ്പൊ തലബു സോമമായിട്ട് പൊതുവെന്തതിനെ സുഹൂദു ഷഹർ അക്താത്ത അപ്പൊ ദുലൂക്കിശംസിനെ ബൊഹൈ ചെയ്തിട്ടുണ്ട് എന്തിന് ഏക്കാമത്ത് സ്ഥലത്തിനോട് അപ്പൊ ഏകാമത്ത് സ്ഥലത്തിന്റെ തലവിനോട് ചെയ്തു ദുരൂക്കി ശംസിനെ ആ ഈ ബൊഹെന്ന് പറഞ്ഞാലും തടവ് ചെയ്യേണ്ട അവൽ ബൊഹ് തലവ് നമുക്കറിയാം അമ്രോ നീയ്യോ ഉണ്ടാവില്ല ാക്കലാണ് ഷർത്തൻ ഔസൻ അഞ്ചെണ്ണയില്ലേ ഒന്ന് ഒരു ഷർത്തൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ഷൈൻ ഷർത്തും അത് അത് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞാലു ഷൈഇ ഒരു ആക്കൽ നിസാബ് ഇരുന്നൂറ് ദുർഹമിനെ മിൽക്കാക്കൽ എന്നതാണ് ഒരു ശൈഖി അതിനെ ഷർത്താക്കി എന്തിനെ ഷർത്തണ് ഭുജോബിതക്കാത്തി ഇതൊക്കെ ബാധ്യമാകാനുള്ള മറ്റൊരു ചെയ്യയില്ലേ ആ ഒരു സബൻ ഷർത്തും സബബും മാനിയും തമ്മിലെ വ്യത്യാസങ്ങളൊക്കെ ജമ്മിൽ പറഞ്ഞിട്ടുണ്ട് അവൻപോ പറയാടിക്കൂന്നാ പറയുന്നത് ഷർപ്പും സബബും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് മായുമീൻ നഗമിഹിൽ അതുമോ വലായ്മി ഭുജോതി ഭൂജോദുമ്പോഴ അതുംപൊലിജ് ചെറുത്തിൽ ഉണ്ടാകാതെ അതൊക്കെ പോണ ചെറുതെ പ്രാധ്യം പറഞ്ഞിട്ടുണ്ടായി ഷെർത്ത് ഉണ്ടായാൽ ഈ ഷെർത്തിന്റെ അടുമിനാൽ മസൂത്തിന്റെ അതുമുണ്ടാക്കൂന്ന് ഉജുദ്ണ്ടായതിനാൽ ഉജുദ്ണ്ടായിക്കൊള്ളണമെന്നില്ല ഉജൂദൊന്നും അതിമാക്കൂല നടുത്തു കൊടുവിന്റെ ഇല്ലായ്മ പൊതു ചെറുത്തല്ലേ കൊടുവിന്റെ ഇല്ലായ്മ നിസ്കാരത്തിന്റെ ഇല്ലായ്മയെ അറിയിക്കുന്നു അതുകൊണ്ടി ഒതുപറ നിങ്ങൾ ഉണ്ടാക്കൊള്ളുന്നുണ്ടോ ഉണ്ടായിക്കൊള്ളണംണ്ട അതുമില്ല സബബാ എന്ന അവസാനത്തിൽ വുജോദിനെ അതിമിൻ രണ്ടിലാദ്യമാക്കും വുജോദ്ജോദിനെയും അതും അതിമിനിൽ ആദ്യമാക്കും അതാണ് നമ്മൾ കുറക്ക് മായ എഴുത്തമോ മീൻ അതുമിയിൽ അതുമു ഷറത്തും സബബം രണ്ടാം അവർമിച്ച് കൂടുന്നുണ്ട് വല എഴുത്തമോ മീൻ ഭുജോതി ഹി വുജോദും വല അടുമുൻ എന്ന കൈതോടുകൂടി ആരും പുറത്തുപോയി സബബിൽ എന്ന് ചർത്തിൽ ഇരിഞ്ഞുപോയി അല്ല പ്രസാ അടിമിനാൽ അടുമുണ്ടാകും എന്നത് രണ്ടാമിച്ചുകൂടുന്നു ഷർത്തിലുണ്ട് സബബിലുണ്ട് ഭുജൂതിനാൽ ഭുജൂതോ അടമോ ഉണ്ടാവൂല എന്ന് പറഞ്ഞതിനാൽ ഷർക്ക് മുഴകുട്ടുമോ സബബ് രണ്ടൂരിൽ ആർജമാക്കുന്നുണ്ട് അത് ജമ്മീലുണ്ട് അതിന് വട്ടം പോലെ വരുന്നു അതന്നെ ഈ പുനുവിനോതമ്പോ അതിന് ലക്ഷ്യബോധം പോണം അല്ലെങ്കിൽ അത് ഓർമ്മ കിട്ടും കിട്ടൂല ഒരു ഷൈനെ മറ്റൊരു ഷൈന് വേണ്ടിയിട്ട് ഷർത്തായിക്കൊണ്ടോ സബബായിക്കൊണ്ടോ വെച്ച് എല്ലാം മാനിയാക്കി ഉദാഹരണം അതിന്റെ ഹൈവേ നല്ല കാരത്തിന്റെ മാനിയാകുന്നു ജനാദത്ത് നല്ലത് ദുഹൂർ മസ്ജീദിന്റെ ദുഹൂൽ മസ്സി മുത്തല്ലഫിന്റെ പണിയാകുന്നു മുത്തല്ല പണി ആ അതിന്റെ മാനിയാകുന്നു എന്നാണ് ഉത്വ് ആ എനിക്ക് മാനിയുണ്ട് നോ അർവിഷൻ ആ ഹനറിയണല്ലോ അപ്പോ തടക്കാത്മന ഇത് ഹൈറാത്തിനെ വർദ്ധിപ്പിക്കൽ അള്ളാഹ്മത്ത് കിട്ടാനുള്ള ഒരു സമമാകുന്നു ദോഷങ്ങൾ അള്ളാഹുവിന്റെ റഹമത്തിനെ തൊട്ട് തടയുന്ന ഒരു മാനിയാവുന്നു ഇതൊക്കെ അറിയാ ചോദ്യം ഞാൻ എന്തുവാം സഹീഹിന്റെ സുഹൃത്തെല്ലാം പാലിച്ചിട്ട് അതിന്റെ മട്ടം പോലെ അവരാണ് സഹീഹിനോ റുക്കിനോ ഉണ്ടെങ്കിൽ കോട്ടം വരുമ്പോഴാണ് പാധിതാവ് അത് നമുക്കറിയുന്നില്ല പിന്നെ അതിന്റെ ഈ അഞ്ചെണ്ണത്തിന്റെ താരിഫ് ഉണ്ടല്ലോ ഹദ് ഹദ് ഹദ് അതിന്റെ താരീഫ് താരിഫ് മഷഹൂർ റഫുൻ വളരെ പ്രസിദ്ധമാണ് കിതാബിൽ പറഞ്ഞിരിക്കുന്നു മഷഹൂർ ആ ഒരു മിസാല് പറയാം ഷർത്താ നമുപ്പർ ഉദ്ധരിച്ചത് പക്ഷേടാ സബബിന്റെ മിസാല് ബിൻ നിസ്മത്തിൽ ഇസരാക്കി നമസ്കാരമാണ് ഇത് നമ്മളെ മസുരൂപ് തലവുമായി ബന്ധപ്പെട്ട ഹിതാബ് എന്നാണ് നമസ്കാരം ഏത് തലമിനോട് ദുഹോത്തി അല്ല ദുഹോനൊരു വക്കത്ത് എന്നുള്ളത് ഒരു സ്വഭാവം കഥയിലേക്ക് നോക്കി അത് നോക്കിയിട്ടുണ്ട് ഷർത്തിനെ വിചാരിക്കാത്ത ഹാറത്ത് പോലെ പിന്നെ മാണി എന്നതാണ് ഹൈദല് സിഹത്ത് എന്നുള്ളത് എന്താ മുവാഹ ആ നമസ്കാരം അല്ലെങ്കിൽ തഹാറത്തൊന്തുവട്ടെ ഒരാണലി അതൊക്കെ ആണ് ആ ഷറിനോട് യോജിക്കലാണ് സിഹത്ത് ഷെറഹിനോട് യോജിക്കുന്ന മുവാഫക്കത്തിന്റെ രീതി എങ്ങനെയാ ഭിത്തി പായ് സുറോത്തി ഷർത്തുകളെല്ലാം ഒത്തുകൂടലി ഷർത്തെല്ലാം ഒത്തുകൂടലും പോലെ മാണിയില്ലാണ്ടോ അയുള്ള കാര്യം ഒന്നും ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല ഓടെ തവോറായ വെള്ളം കൊണ്ടന്നെ ഉളുണ്ടാക്കിയെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് നാല് അങ്ങും പാലിച്ചിട്ടുണ്ട് എല്ലാം ബാധിച്ചിന് പക്ഷെ ഇവിടെ മാനി ഉണ്ടായിക്കാരങ്ങൾക്ക് അഞ്ച് ചെറുക്കും ബാധിച്ച് പതിനാല് പൊങ്കും പാലിച്ച് എല്ലാം ഉണ്ട് പക്ഷെ മാനിണ്ടെ മാനിയുടെ ആശയവില്ലല്ല അമിന്ദിപാൽ മമാനിയ അതിനൊക്കെ കൂട്ടാ പിന്നെ അവസരത്തിലോ ഒന്നെങ്കിൽ ഷുറൂത്തിന്റെ ഇസ്തീഫ ഇല്ലായ്മ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും മാബാനി എന്റെ മുരണ്ടായാലും മതി നേരത്തെ രണ്ട് കൈയിൽ രണ്ട് കൈതിന്റെ വരാനുള്ള ഏതെങ്കിലും ഒരു കൈതുയാൽ തന്നെ ഇല്ലേ അപ്പൊ ഒട്ടാകെ കിട്ടിയും എന്ന് വന്നു തലവിൽ നാല് ഇബാഹത്തിൽ ഒന്നും അഞ്ച് ഈ അഞ്ചെണ്ണുമായി ബന്ധപ്പെട്ട പൊതു എന്തെല്ലാം ഉണ്ട് സബബുണ്ട് ഷർത്തുണ്ട് മാനിയുണ്ട് തിറയുണ്ട് ഫാസിദ്ണ്ട് ഈ അഞ്ചെണ്ണാണേ പുക അപ്പൊ അഞ്ചു കൊഞ്ചും പത്തായി അതാണ് ഹംസത്തും തക്ലീഫിയ വാജിബ് മുസ്താബ് ഹറാം കറാഹത്ത് ഇബാഹത്ത് ബാക്കി അഞ്ചെണ്ണ ഹംസത്തും എത്തുമുണ്ട് പത്ത് അയക്കാമുണ്ടായിരുന്നു ചെറിയ ഒരു ജമ്മു ജാമ്യം പഴം കെട്ടിപ്പുണ്ട് ايه واما غيره حكم شرائي غير ان هذا شرعي ان هذا راء اي اما غير الشرع عند الذاه وانك الاه هذا ترى عند الذاه طب مو من عندكم لو هذا مكافئ لكول قولي اما شرعي ان المكافئ يعني ما تجينا ായ ഹുക്കുമുണ്ടല്ലോ അതിനു പറയുന്നു ഹുക്കുമായുറം പറഞ്ഞു കഴിഞ്ഞുപോയിൻ ഒരമ്ര മറ്റൊരു അമറിബാ താത്തുകൂ എല്ലോ ഒരമറിന് അനു ആ ഷൈനത്തോട്ട് ലേഫ് ചെയ്യുക അല്ലേ അപ്പോൾ എന്ന് പറയുന്ന അവസരത്തിൽ ഒന്നാമത്തെ അമ്രസ്ബാത്ത് അമ്രീൻ എന്ന് പറഞ്ഞ കിയാമി അമ്രിന്റെ മജുരൂറായ അമ്രേദു കിയാമിനെ ഇസ്ബാത്താക്കി അപ്പൊ ഇസ്ബാത്താക്കുമ്പോൾ ഇത് ഇതാണ് എന്ന് ഉറച്ചയ്ക്ക് മറിലുണ്ട് ഈ കായിമാണ് എന്ന് പറഞ്ഞ ആള് സയ്ദ് ഒന്നാമെന്നല്ല ഇപ്പം പറയുന്നത് രണ്ടൊന്നായി രണ്ടും രണ്ടും സാധനമായപ്പോ രണ്ടൊന്നായി ചട വി മതി അയാളുടെ ഇസ്ബാസിൽ വരിക അത് വഴി പറഞ്ഞു വെച്ചാൽ ഇത് ഇതാണെന്നോ അല്ലെങ്കിൽ ഇത് ഇതല്ലാന്നോ പറയാവുന്ന രീതിയിൽ വെറു കൊടുക്കുന്നതാകുമ്പോ നെഫിയായി ഇവിടെ നെഫിയു പൂ എന്ന് പറഞ്ഞ ഗമീറില്ലേ ഹൂ ആ ഹൂവിനെങ്ങോട്ട് അടക്കുക അവിടെ കിയാമിലക്ക ഇത് കിയാമോ കിയാമിലേക്ക് പറഞ്ഞാ ഏത് അമ്പറിനും നോക്ക് അപ്പോൾ ഒരു അമ്പറിനെ അതായത് സിയാമിനെ നമ്മൾ ഉപകാരത്തിരി ആദ്യ തമ്പർ ഇസ്ബാത്താക്കി അല്ലേ അപ്പൊ നബീ പോന്ന ഇജാ താക്കിയ അമ്പറിനെ പിൻവലിക്കൽ അപ്പോ താലിബിയാ ജുംല ഉണ്ടാകണമെങ്കിൽ എന്താണോ ആദ്യം മുത്തുമത്താ ജുല കൊണ്ടാവുന്ന നെഫിയാണെന്ന് തരൂ തുടങ്ങുമ്പോൾ തന്നെ താലിബ് വന്ന ചെയ്യാവൂന്നറിയാ താക്കിയതിന് പിന് അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ താലീഫയാക്കിയാലോ നിങ്ങളുടെ താരീഫ് കിവിടെല്ല തരീഫ് മാറ്റി ജാമ്യം കലോ തരീഫ് നിങ്ങൾ റഹുമെ തരീഫ് അറിയുന്നത് റഹ്മേലെ താരീഫ് അറിഞ്ഞ അവസരത്തിൽ ഞമ്മൻ അമ്രനെ മറ്റൊരാം ഇസ്ബാ താക്കാതെ കണ്ട തുടക്കത്തിൽ തന്നെ നഫിയ നിങ്ങൾ എന്തിനാണോ ഇസ്ബാഹ് ആക്കിയത് ആ അമൃതയെ പിടിക്കുന്ന അപ്പൊ ആ ഇസ്ബാദി കാലം നഫീസ് നടക്കണമെങ്കിൽ അപ്പൊ തുടങ്ങുമ്പം തന്നെ സയ്യിദ് ഖാബിൻ എന്ന് പറഞ്ഞാൽ താരീഫിൽ വന്നിട്ടില്ല താരീഫ് ജാമ്യായിട്ടില്ല എന്നുള്ള കേസ് വരുമോ ടൊക്കും പിന്നെ തലയിൽ കുറഞ്ഞു ജാമ്യമായിട്ടില്ല നമുക്ക് ഏത് വേണം തുടക്കത്തിൽ തന്നെ ഇത്തിന് രൈതായ്മൻ എന്ന് പറഞ്ഞേ എന്നാൽ നിങ്ങൾ ഇതിന് പിരിപോളില്ലയോ നമുക്ക് വേണ്ടതാണ് ായ്മും വരണം നിങ്ങൾ പറയുന്നത് ആദ്യം നിസ്ബാത്താക്കിയ അമ്പ്രാണോ ആ അമ്രനെ പിൻവലിച്ചല്ല നഫിയൂഹു അത്തം വെക്കുന്നത് അപ്പോ കയ്യാമൻ ആ നിസ്ബാത്താക്കിയതിനു ശേഷം ലൈത്തബിക്കായും പറഞ്ഞേ മുടൂന്നാണ് നഫിയൂഹുണ്ടിബാഹത്തിന്റെ ലാഹ് അപ്പൊ തുടക്കത്തിൽ തന്നെ സാധിക്കായിട്ടില്ല ഇസ്ബാത്ത് നമ്മള് സാധിക്കായിട്ടില്ല അപ്പൊ താരിഫ് മാലിയായിട്ടില്ല ജാമ്യമായിട്ടില്ല എന്നല്ല കേസുകൾ വരൂ എന്നാണ് പറയുന്നത് നോക്കാം എന്നുള്ളത് ലഹു ഇൻ അതിന് പല ഇസലാഖണ്ട് പണ്ട് ദരിയത്ത് എന്ന് പറഞ്ഞാൽ മതി ദരിയക്കത്ത് ഈ പല ഇത്തലാഖ് എന്ന് പറഞ്ഞ ബാധ ഇത്ര മിൻഹ അതിൽപ്പെട്ട ഒന്നുമെ പറഞ്ഞ കിതാബുള്ള ഇഫ് ഇത് റുക്കും മിഷറായി അതിന്റെ കൈ മുക്കയ്യാത് എല്ലാം പറഞ്ഞിൻ ഇനി എന്തുവാക്കിണ്ട് മറ്റൊന്ന് നിസ്ബത്തൊരു ഷുക്കുമ ഇത് ഒരു തറഫാനി തറഫാനി അല്ലേ ഒരു മൗതവും ഒരു മഹമോരും പറഞ്ഞതിനു ശേഷം രണ്ടിന്റെ ഇടയിൽ ആണ് എന്ന് പറയാൻ നിസ്ബത്തിൽ റുക്കുമിയ അല്ല എന്ന് പറഞ്ഞു ഒന്ന് ഈ ആണ് എന്ന് പറയലാണ് ഒന്ന് മറ്റൊന്ന് ഈ മൗതുകൾ ഉണ്ടല്ല ഇതാ ഈനും ഹൊക്കുമെന്ന് പറയലുണ്ട് ഈനും ഹൊക്കുമെന്ന് പറയുന്നുണ്ട് അവർ ഒരുക്കത്തിൽ ഒരു ഹബരി ജുംല പറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മൂന്ന് തുറക്കിനെന്തൊക്കുമ്പേലായി നാലു വയനാ കഴിക്കും ഒന്ന് നാലു വയനാബ് കയ്യില്ലേ അത് പറഞ്ഞു കഴിച്ചു ഒരു ജുംല ജുംല പറയുമ്പോൾ മൗദൂന്റെ മഹമോലും നിസ്ബത്ത് ലൊക്കുംബിയുണ്ട് മൗദോലും പറയുക രണ്ട് മഹമോലിനും പറയ രണ്ട് ഇസ്ബത്ത് ലൊക്കിം നോക്കുമ്പോൾ നിസ്ബത്ത് ലൊക്കുംബിയുടെ സുബൂത്തായി പറഞ്ഞ നേരത്തെ നമ്മുക്ക് അറിയിക്കുമ്പോ നിസ്ബാത്ത അപ്പൊ അഞ്ചായി തോട്ട അഞ്ചിലാക്കൂത്തും ഇസ്ബാത്തും തമ്മിൽ ഈജ്ഞാസുണ്ട് സുബൂത്താന്ന് ആസ്ഥാനത്തിൽ എന്ത് വരട്ടാന്ന് ഇസ്ബാത്ത നമ്മൾ കലാമിൽ കൂടി അറിയിച്ചു കൊടുക്കുക നമ്മളെ മനസ്സിനും നാത്തിനൊരു പൈന്റാണ് സുബൂത്ത് ഇസ്ബാത്ത വിചാരിക്കില്ലേ അതാ ഇത്തരാ കാത്തിൽപ്പെട്ട മറ്റൊരിനം നിസ്ബത്തിൽ നിസ്ബാപോലെ അപ്പുറം ഇസ്ബാത്ത് ഉണ്ടെന്ന് നേരത്തെ പറയാൻ അറിയിപ്പ് അതിന്റെ സുബൂത്ത് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ എന്തുണ്ട് صيام الصوم تابل ان ده عين حكمه وراي 2 ومنه ثالثا فاذكر المحكوم عليه اذا الموضوع الله ما حكمنا ليه قازيد او انك حكمه بيدند اما دائ حكمه اننا ماسترنا ما حل ما بيدند صان طيب ما حكمنا ليه ومنها منها ഇലാഖാദിപ്പെട്ടു ബിഹി എന്തുകൊണ്ടാണ് അഹക്കും ചെയ്യപ്പെട്ടത് കയ്യാമാണിവിടെ നാല് അഞ്ചാമത്തെ അതാണ് ഇവിടെ മസിൽ പറഞ്ഞത് എന്താ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് അഞ്ചാമത് നമ്പറാണ് ഒന്നാം നമ്പർ ചെറായി അഹുക്കും എന്നെ വിളക്കി കിടക്കിലെ മൂന്ന് അത് ഉറക്കി അവസാനം പറഞ്ഞു അപ്പൊ തങ്ങളെല്ലേ എവിടെ എന്ന ആ ലി അമ്രീൻ അതിന് പോയ അത് ഓരോ അമൃനെ വെറുതെ ഇരിക്കുന്നേ ഉള്ളു ഇപ്പൊ അമ്രിൻ എന്ന് പറഞ്ഞാൽ യാണല്ലേ അമീന ചെയ്തു ഞിക്കുഹോ അന്നു അല്ലെങ്കിൽ ഓരോ തൊട്ട് മറ്റൊരു അമൃനെ പിൻവലിക്കലി ഇന്നല്ലേ അൻ അമ്രിൻ അൻബു തന്നെ അൻമുത്തപാതിരു നമ്മക്ക് തിരിയുന്നത് വേഗം തിരിയുന്നേ അന്നള്ള മീറ ശരിയാവൂല ഫി നഫിയുഹിന്ന് നഫിയുഹൂന്ന് ഫി നഫിയുഹൂന്ന് വായിക്കണം ആ നഫിയൂന്നല്ല അപ്പുറം ഇറാ പോർത്തുന്നു അപ്പൊ അതെ ഹൈക്കാത്ത ഇറാബ് ഫീക്ക് മജൂറൂമാണെ കാണൂലല്ല നഫ്സിഹിയല്ല മനു ശരിയല്ല അടാ വായിച്ചിട്ട് ഞാൻ ആയിക്കോടാം എവിടെ നഫിയുഹോ താരിഫിൽ പറയപ്പെട്ട ഇസ്മാക്കിയ നഫിയുഹൂണ്ട് ആ നഫിയുഹൂൽ പറഞ്ഞ ഹൂണ്ടല്ലോ ആ ബോധ നബീറത്തേക്കാണ് മടങ്ങുന്നത് ആ ഇതിന് അലൽ അമ്പിൽ മുക്കയ്യത് ബിൽ ഇസ്ബാത് ഇസ്മാ കൊണ്ട് കയ്യിലാക്കപ്പെട്ട ഒരമ്പിലേക്കാണ് ഏത് ഇസ്ബാത്ത് ഇസ്ബാത്ത് ചെയ്യപ്പെട്ട ഒരമ്പിനെ പിൻവലിക്കൽ അല്ലേ അവനമ്മ ഇഷ്ടം വരും ഹുക്കുമിൽ നഫി ഹുക്കുമിൽ പോകണമെങ്കിൽ എന്തോണം ആദ്യം ആ മംഫിയായ ഇസ്ബാത്ത് താമീകരും മുക്കൈലാക്കിയത് അപ്പൊ താരിഫോ ജാമ്യാന്നും വരും ഫഹി നൈലിൻ അങ്ങനെ വച്ചാലോ ഫലാസ്മൽ താരി താരിഫ്ലാഖുലെന്ന് പറഞ്ഞാൽ മാ ഒരു സൂറത്തിന് ഇദാനി മുഹുലത്തിൽ തുടക്കത്തിൽ തന്നെ പ്രാരംഭത്തിൽ തന്നെ ഒരു സാധനം ഒക്കെ ചെയ്ത് പ്രാരംഭ രംഗത്തന്നെ എങ്ങനെയാ അതെല്ലാവരും ഭയം തന്നെയാണ് ഏത് പിൻകാലത്തോ ഷാബിക് ആവാത്ത രീതിയിൽ ഇസ്തുബാത്ത് കയ്യിലെ കപ്പൂല ഈ ആ സുഹൃത്തു ഷാമിലോ തീബ് ജാമ്യ ആദ്യ സുഹൂത്താക്കപ്പെട്ട റിയാമിനെ ബിംബലിക്കണ്ടേ സുഹൂത്താക്കിട്ടില്ലല്ലേ ഇത് വേണം ഇത് കൊടുക്കുകയും അതിന് പറഞ്ഞ ഒരു ജവാബു അതിന്റെ ജവാബ് അന്നൽ നമീർ ആയിദുൻ അലൽ നബി ലാബിൽ മുത്തമി ഇസ്ബാ താക്കണമെന്ന കൈതില്ലാതെ ഒരമ്പ്രേക്ക് മാത്രം മുടക്കുക അത് ഒരമ്രനെ ഒരമ്പ്രിന് ഫിറ്റാക്കുകയോ ഏതെങ്കിലും ഒരു മറ്റൊരു അമ്രീനെ തുടർന്ന് ഫീ ചെയ്യുകയോ ചെയ്യുക എന്ന അർത്ഥം കേൾക്കണം ഊരു നമീർ എന്താക്കണോ നേരത്തെ ഉള്ള കൈദില്ലാത്ത വെറും ഒരു അമ്പ്രിലേക്ക് മുക്കൈ ഇതല്ലാത്തൊരു അമ്രിലേക്ക് മടങ്ങിക്കൊള്ളണം എന്നിട്ടില്ല അമറിലേക്ക് ഞാൻ മണങ്ങുന്നത് പശാ ലാബിൽ കൈതിൽ മുത്തക്കത്തിയും മുത്തക്കത്തിയും കൈത് കൂടാൻ പാടില്ല അപ്പൊ വിത്തൌട്ട് കൈതായിരിക്കണം ഓരോ അമീർ മടക്കുന്നത് ഇസ്ബാദാക്കപ്പെട്ട അമ്പിനെ പിൻവലിക്കൽ എന്നല്ല അർത്ഥം ഓരോ അമ്പിനെ കാലെ കൂട്ടി പിൻവലിക്കലായാലും മതി എന്നിട്ട് ജമീരായി അപ്പം വല ഈസ ഇതല്ല അന ചോദിക്കും ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് നേരത്തെ ഒരു മുഖയ്ദ് പറഞ്ഞ് മുഖയ്ദ് പറഞ്ഞില്ല മുഖയ്യിദിലേക്ക് മുടക്കാൻ നിവർത്തിയില്ല മുസലേക്കലും മുറക്കാൻ വൃത്തിയില്ലാത്ത ഗടിയുണ്ടാവും അതിലൂടെ വെല്ലുവിളിയാണവദാഹരണം പറയാ ഇന്ത്യ ഇതാ വല അങ്ങനെ മുടക്കുന്ന ഇത് കൊടുവില്ല ഇതിന് മീൻ കാര് എന്തി ദുർഹമും സ്പുഹോ എന്നൊരാളൊരു ചുമല പറഞ്ഞു അവിടെ ഇന്ത്യ എന്റെ അടുക്കള രണ്ട് ദൃഹമോ ഒരു ദൃഹമുണ്ട് അടുത്തേക്ക് വളക്കുക അവർ പറയാം എന്തോ അന്ന കൗലഹു ഈ പറഞ്ഞ കായലിന്റെ കൗല് എന്തിന്റെ കൗലെ വൻ ഇൻ കൗലിന്റെ മക്കൗര എന്ന് പറഞ്ഞ കൗലില് ലാദു ഹു അതിന്റെ അത് മടങ്ങി ശരിയാവൂല ആരെ ഗൃഹം ഇഷ്ട ഇന്ത് ആ ഗൃഹമിലേക്ക് മടങ്ങി ശരിയാവൂല അങ്ങനെന്താകും എന്റെ അടുക്കൽ ഉള്ളതായ ഗൃഹം എന്ന കൈയിലേക്കാണ് മടങ്ങുന്നു എന്റെ കൈമ്മിൽ മോജൂദായ ഞാനുമായി എന്താ കൊണ്ട് കൈതു കൊടുത്തപ്പെട്ട മുക്കയിദീർ ദുർഹമിലേക്കാണ് എന്താ പറയുന്നത് വണങ്ങിയത് അത് കഴിയാവൂല ആ എന്നാ പിന്നെ വലാര മുത്തലക്കിദ്ർഹമിലേക്ക് മറക്കിയാലോ അതും പറ്റൂല അങ്ങനെ മുത്തലക്കുദ്ദുറഹമിന്റെ പോലീ മുത്തലക്കിൽ ആരും വിട്ടിട്ടുണ്ട് എന്റെ അടുക്കൽ മുക്കയ്യദുറവും പൊട്ടിട്ടുണ്ടല്ലോ അതും കഴിക്കാം അങ്ങോട്ടും മറക്കിക്കൂടാ അപ്പൊ അബ്ദുർഹമുൽ മുത്തലക്കിലേക്ക് ഉറക്കണം മുത്തലപ്പു ദുർഹമ്മിലേക്ക് മടക്കിക്കൂടാ ദുർഹ്മുൽ മുത്തലേഖിലേക്ക് വടക്കാവുന്ന പറഞ്ഞ ഒക്കെ ഇസ്ബാത്തിന്റെ കൈദി ഇല്ലാത്തൊരമ്പറുണ്ടല്ലോ മുത്തലപ്പുൽ അമ്പ്രല്ലാതെ അമ്രൻ മുത്തലക്കാണ് ഇസ്ബാത്ത് എന്ന കൈദിനത്തോട്ട് രക്ഷപ്പെട്ട ഒരു അമ്പറില്ലേക്ക് അത് വിചാരിച്ചുണ്ട് മാവ് മുത്തലക്കോ മുത്തലക്കുൽ മാവ് വിദ്യാർത്ഥി ഇല്ലേക്ക മാവ് മുത്തലക്കെന്ന് പറഞ്ഞാ ഒരു കൈദി ഇല്ലാത്ത മുത്തലക്കായ മാകാന്ന് നമ്മൾ ഒന്നുണ്ടാക്കാൻ പറഞ്ഞേ മുത്തലക്കുൽ മാറുന്ന വെള്ളം എന്ന് പറയാവോ നന്ദോ സാനാൽ മുരി കൊണ്ടു അവരെ പറ്റൂല അവിടെ പറ്റുമ്പോ ഇത് ഈ നമ്മുടെ ഇന്ത്യയെ എന്ന് പറഞ്ഞാൽ മുക്കയ്യതോടെ സാധിക്കാവുമല്ലോ ഏത് മുത്തലക്കും മുക്കയ്യതോടെ സാധിക്കാവൂലേ അതാ വരാ അരാ മുത്തലക്കി ദുറമിലേക്ക് മടങ്ങിക്കൂടാ എന്തുകൊണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞതാണല്ലോ ഒക്കെ മാഹുന ആദ്യം മുടക്കിക്കൂടാ അപ്പൊ ഇന്നമാ താങ്ങിയനാക്കി ആ സൂറത്തിൽ മുത്താൻ നബീരി ഒരു നബീറിനെ വളക്കേണ്ടതെ സുഹൂര നബീരെ വേറെ ഏതോ ഗൃഹമിലേക്ക് വടക്കണം എങ്ങനെ നീ താപിത്ത ആ ഗൃഹമിൽ പെടാനും പാടില്ല അത ഇനി പറഞ്ഞ് ഒരു ഗൃഹം ഉണ്ട് വേറെ ഏതോ ഗൃഹം ഉണ്ട് ആ ഗൃഹമിന്റെ പ്രകൃതിയുണ്ട് അതുകൊണ്ടാണ് അവിടെ ശരീരമാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആക്കേണ്ടി വന്നത് ആ കെണി എവിടെ ഉണ്ടാവൂല നമ്മളെ ഇസ്ബാഫു അമ്രുൽ ജാമിൻ ഉണ്ടെങ്കിൽ അമ്പിരുന്നില്ല അമേൽ പറയപ്പെട്ടതിലേക്ക് തന്നെ മറക്കാം എങ്ങോട്ട് മടക്കാം ഇസ്ബാപ്പു മുക്കിലേക്ക് മടക്കുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുമെന്ന് ആ വേണ്ട ആ കൈദിനത്തൊട്ട് ഹാരിയായി ഇതിന്റെ ഉള്ളിൽ തന്നെ അമ്രലേക്ക് തന്നെ മടക്കിക്കോ അപ്പൊ എന്തു കൈത് കുത്തി പിടിക്കാൻ പാടില്ല ആ അപ്പം എന്തായി അമ്രുൽ മുത്തലേക്കിലേക്ക് മുത്തണക്കൊണ്ട് അമ്പലേക്ക് ഉണക്കലല്ല ഇസ്ബാസ് എന്നുള്ള കൈഡില്ലാത്ത അമ്പലം ഉണക്കിക്കോളാം അപ്പൊ ഇന്ത്യയും ഗ്രഹമോ അനുസ്മുഖവും അവിടെ നടക്കാവുന്ന പ്രശ്നം അവിടെ വരുന്നില്ല എവിടെ വരുന്നില്ല നൊഴിലേക്ക് തന്നെ മറക്കാൻ കേസില്ല അതാണ് തേർന്ന് ഇനി കുറച്ച് പറയാൻ കുറച്ച് ഗണികളെ തരാൻ വായിച്ച് പറ്റ പറഞ്ഞു ആ വ ീഫിലുണ്ടല്ല ഔഫിയുഹോ എന്ന് പറഞ്ഞിട്ട് താരിഫിലല്ലേ റുക്കുമിന്റെ താരിഫിലാണല്ലോ എന്താക്കി സുബാസു അബ്രീ അബിൻ ഔഹു എന്ന് പറഞ്ഞത് അപ്പൊ താരിഫിൽ ഔട്ട് പറഞ്ഞാൽ ആളെ കബടിപ്പിക്കലില്ലെന്ന് ഇതെന്താ സാവനപ്പത് ഇൻസാനോ ആളെന്നുണ്ടാക്കിയത് നിങ്ങൾ ഔട്ട് ഇട്ട് പറഞ്ഞു താരീഫില്ല നിങ്ങൾ ഗൈമുണ്ടത് അത് ഇൻസാൻ ആകാം ഔ എല്ലാത്തി ആകാം അപ്പൊ താരീഫ് ഉള്ള പായുണ്ടായിട്ടില്ലല്ലോ ീഫിന്റെ ഫയൽ എന്താ ഒരു സാധനത്തിനെ ജഗമനാക്കി ഇന്നതാണെനിക്ക് മനസ്സിലാക്കി തരാനല്ലേ തരീഫ് പറയുന്നത് അവിട്ട് പറഞ്ഞാൽ അതോ ഇതോ എന്ന് പറയുമ്പോ ഇസ്കരയില്ലേ തരീഫിന്റെ ചെറിയ യോജിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവു എന്ന് പറഞ്ഞ ചെക്കിന് വേണ്ടിയിട്ടല്ല രണ്ട് ഞണ്ട് അപ്പൊ ഓരോന്നും നോക്കുമ്പിൽ പെട്ടതാവുന്നക്കന ഇപ്പെട്ട അവന്റെ രണ്ട് സാധന രണ്ട് ചെക്ക് രണ്ടിൽ പെട്ട ഓരോ അതും നോക്കും കൊണ്ട് സാധിക്കുന്ന മാസക്കാത്ത ഫൈല് ഇസ്ബാ ഞാൻ ലഹി ആയാലും ഹുക്കുമുണ്ട് സാധിക്കാവൂ എന്നാണ് യൗനവേന എന്നല്ലാണ്ട് തഹീന്നല്ല അതോ ഇതോ രണ്ടാറംഗ് ഹുക്കുമാണ് അങ്ങനെയല്ല ശക്കിന് വേണ്ടിയിട്ടുമല്ലത് ഹുക്കമിന് താരീഫ് വന്ന സ്ഥലത്തുള്ള ഔ എന്നുള്ളതിന് ലൈസത്തിൽ അത് ശെക്കിന് വേണ്ടിയാക്കാൻ പറ്റൂല ശക്കിന്നുള്ള ഔണങ്കിൽ അത് കളിക്കാൻ പാടില്ല എന്നാണ് താരിഫിന്റെ ഉദ്ദേശം കുറക്കാവൂല അതെ റസ്മൻ ഖാൻ ആ താരിഫ് റസ്മായാലും തിരക്കുള്ള ഹദ് ഓടിപ്പോയി റസ്മെന്ന് പറഞ്ഞാൽ എന്താണ് താമെന്ന് പറഞ്ഞാൽ എന്താണ് ഹദ് എന്ന് പറഞ്ഞാൽ താമസിക്കും പറഞ്ഞുണ്ട് അല്ല വണ്ടിക്ക് ഓർക്കില്ല കൊണ്ട റസ്മാൻ തിരക്കല്ല ഹദ് എന്താ നാഖിഖാൻ കുഴപ്പമില്ല താമസിന്റെ അടുത്താൻ പാടില്ലാണിയത് തരിഫ് യോജിക്കൂല എന്താ ലാതതുപ്പുരോട് ഇല്ലാത്ത ശെക്കിന് അല്ലാതെ ലഹിത്തക്ക ഇല്ലത്തേതല്ലേ അന്ന ലാതൊപ്പുരു എന്ന് പറഞ്ഞതിന് ആ ലഹിക്ക ഇല്ലത്താറല്ലേ അന്ന ശക്കാരണം ശെക്ക് അവളോട് ചക്കല്ല ഉണ്ടാക്കുന്നത് ശെക്കുണ്ടായ ലാൽ രാമണി തസപുറ തസപൂറിനോട് യോജിക്കൂല തസപൂർനോടിക്കല്ലേ എന്താക്കുന്നത് തരിഫ് പറയുന്നത് ആ ജസ്മൻ ജസുമൻ തസപൂർനോട് യോജിക്കൂല നമുക്ക് വേണ്ടത് ജസ്മൻ തസഫുറ ഇവന്റെ ഈ സാധനം ഇന്നതാണ് തിരിയാൻ വേണ്ടിട്ടാണ് ജസ്മന്ത്സൂറിനോട് ആദ്യ ഒരിക്കൂലൊരിക്കൂല അല്ലെ എങ്ങനെയല്ല പിന്നെ തരിഫിനാൽ മക്സൂദോടാണ് ഇപ്പൊ മാരും തരീഫും അപ്പൊ ചികിത്സ എന്നുള്ള നാളെ മരിക്കാൻ പറ്റിയത് പരിപാടിയാക്കാൻ പാടില്ല ചികിത്സ എന്തെയാണ് അത് രക്ഷപ്പെടുത്താനാണ് മാരത്തിൽ മരിക്കുകയും ചെയ്യും അപ്പൊ മക്സൂദിനെതിരെയല്ലേന്തിനാണ് ദീമല്ല നിർത്താനാണ് ദീൻ പൊളിക്കുന്ന ദരീകൃത വിനീൻ പൊളിക്കുന്ന ചുറ്റുപാട് വേണ്ട ധരീക്കിനാണ് ഭക്ഷണത്തിന് എന്നാൽ പിന്നെ ഈ അവിടെന്താണ് മാനിയത്തിൽ കൊലപാണോ മാനിയ രണ്ടും തരീഫത്തിൽ പൊട്ടും തൻവി തൻവി അന്നും ചോദിക്കും തൻവി എന്താവും അങ്ങനെ നടത്താൻ പറ്റുമോ തരിഫില് അത് താരീഫിനെതിരാവും അത് റസ്മാണെങ്കിൽ പറ്റും ഹെഡ് ആണെങ്കിൽ പറ്റൂല താരീഫിന് അവൻ ഇതിലെ റസ്മും ഹെഡും ഉണ്ടല്ലോ ഹർദി അജായ്സാവൂല അതേ സ്ഥലത്തില് റസ്മി പറ്റിയ പറഞ്ഞ റസ്മാണെന്നാ പറയുന്നു അല്ല തേലി തന്ത് തന്വിയെ അപ്പൊ ഷഖി രണ്ടാരം പറ്റൂല തന്ത്യ എന്നുള്ള ആളുണ്ടല്ലോ തത് റസ്മി റസ്മീൽ കടത്താം എന്തിന് പറ്റൂല ഹർദിൽ പറ്റൂല ഹർദിന് പറ്റുമ്പോൾ നമ്മൾ വന്നെങ്കിലും ഓനീ അവണി ആവർത്തിക്കൂല അല്ല ഓക്കോളണം വേണമെങ്കിൽ حد الفرقية عندها غرر لأنه يلزم على دخولها في الحد تنبيع عنده أو حد الوضنالي تغرار عنده كون الفصل مصابيا لماهيته وآخص منها انرى رأيوه فصل ايدي برنا سعادة لماهيته المصابيا قلن أخص لأنه عندهم رميسورونا سعادة فصل ذاونا معرف عنده مصابيا ونانيامو أوعرف الطريق والأسفل أوعرف الطبق للإقارب Oberو قال أن فصل очень inc menyay heeft هذا الليل الكالية لأثنين أنّ الفصل الواقع في الحد حد الفصل başر لنسى كانا warrant وصاجة في التطور دمائن البأ 얼마를 ت politicians أنّهم يوز منهم إن كان مثلا അപ്പൊ താരിഖിന്റെ രീതിയിലും ശബ്ദന്താ കണ്ടത് താരിഖിന് പറയപ്പെടുന്ന മാഹിയത്തിന് മാർഗായ മാഹിയുണ്ടല്ലോ ആ മാഹിയത്തു കൊണ്ട് സമമായിരിക്കണം എന്ത് വിഷയത്തിന് ഫസലി എല്ലാ നാത്തിക്കും ഇൻസാൻ ഇൻസാനെല്ലാ നാത്തി മുസാഫിയാണല്ലോ എന്തൊക്കെയാണല്ലോ ഇൻസാനും താരീഫ് പറയുമ്പോൾ അയമാനും എന്ന് പറയുന്നു ഫസലും മുസാഫിയാണ് മുസാഫിയായ കത്താൻ വേണം അവിടെ ഹദ്യ എന്താക്കി ആ തന്തി എന്റെ ആവു മുസാബിയായ ഒരു ഭാഗത്ത് അഹസ്താറിലും മറ്റൊരു ഭാഗം അഹസ്താറിലും അഹന്നൂറാണ് അവർ വരാൻ പാടില്ല ഉദാഹരണം അടുത്ത ദിവസം പറയാം ഇപ്പം അപ്പൊ പായിച്ചക്കറ പ്രസുരൻ നാഹർ ദുഃഖിയുള്ള പ്രസുരൻ നാഹറും വേറെ ഒരു പ്രസന് പറയപ്പെട്ടാൽ എന്നാൽ വേറെ പ്രസുരം ഔന് ശേഷം പറഞ്ഞാലേ ഔന് ശേഷം എന്താക്കി വേറൊരു പ്രസന് പറഞ്ഞു വ എങ്ങനെ ഇയക്കോ മക്കാളുമുഖവും ആരത്തെ പൊസൽ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു പസലിപ്പൻസാൻ പറഞ്ഞാലാ ഹാൻ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്താക്കിയ ഹേവാനും മറ്റൊന്നാണ് ഡൗട്ടിട്ട് വള ലെന്ന് പറഞ്ഞാൽ ഫസ്ലല്ലല്ലോ ഇതായി പോലെ ലായിക്ക് അപ്പൊ റസ്മൈ അല്ല ഹദ് പറയല്ല ഹദ്ദില് വന്നാൽ തുണിയുമല്ലോ റസ്മി തൊറ്റു എന്നാ പറയുന്നത് എങ്ങനെയാണ് അൽ ഇൻസാനുൻ ലായിക്കുൻ കാത്തിമുൻ തൊറ്റു റസ്മല്ലേ റസ്മിലായിട്ട് പറയാലെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാത്തിബായവാനാണ് അല്ലെങ്കിൽ ലായിക്കായ അയവാനോട് രണ്ടും സാധിക്കാറുണ്ട് ഹാപ്പിലായ അർപ്പില്ല എന്നാണ് പറയുന്നത് ഇത് റസ്മാലുകൊണ്ടാണ് വെച്ചത് കാരണം രണ്ടും കൂടെ അറിവെക്കുന്നുണ്ട് ഒന്നാർ ആമൊന്ന് ഹാസിനെ വരുന്നുള്ളു എറി പറഞ്ഞാല് പിന്നെ അറുഗു ഹാസന്നെ പറഞ്ഞു നെക്ക എന്നാലെന്തായി രണ്ട് മുസാഫിയായി നേരെ കുറച്ച് ഹബ്ദൻ അൽ ഹാനു നാറ്റിക്കു എന്ന് പറയുമ്പോൾ ഇൻസാൻ നാറ്റിക്കല്ലേ കയ്യിൽ നാട്ടിക് കയ്യില് ഫസിലല്ലേ ഈ ഫസൽ എന്താകണം മാർദാഹിയുടെ മുസാബിയാണ് ആമ ആകാൻ പാടില്ല ആ ഹസ്വാകാൻ പാടില്ല എന്നാ നിയമം മുസാഫിയാ ഓർക്കുമ്പോ എന്താണ് ഇത് മാത്രം ഒരുക്കട്ടെ ഹീർദ് അങ്ങോട്ടും ഇങ്ങോട്ടും സരിയാണ് ഇൻസാൻ എല്ലാം നാത്തി പറയാൻ പറ്റുന്ന രീതി വേണം ഇതാ വേണ്ടത് ഇവിടെന്താക്കി നാത്തിന് പകരം വേറെ ഒരു ഫസ്റ്റർ പറഞ്ഞു പത്തു കുട്ടുമതി ജിൻസിന്റെ കൂടെ ഫസ്റ്റർ കൂട്ടുമ്പോൾ ഹത്താകരി ഹർദിന്റെ കൂടെ ഈ ഫസ് വേറെ ഫസ്റ്റർ കൂട്ടു അതാ കൂട്ടി പറയാം നായക്കെന്ന് പറഞ്ഞാല് ആഹാസു ദുഃഖ പറയപ്പെട്ടത് അതേട്ടാണ് മുസാബിയും അഹസ്വായി മാറുന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ ഫഹൈസു നമുക്ക് കിട്ടണ്ടെങ്കിലും മായിട്ടുകൊണ്ട് മുസാബി അകേ കണ്ടത് മുസാബിക്കെതിരാണ് ഒന്നിക്കിൽ അഹസാവലി അല്ലെങ്കിൽ ആമ്മാവലി ഇതില്ലേ െന്ന് പറഞ്ഞാൽ അറുവിട്ടിട്ട് കരി പറയുന്നു ബോർഡ് പസുര് കൂട്ടിപ്പാബാണ് നാത്തിന് നാഗരക്കി അറു ഹലെന്ന് പറഞ്ഞു അല്ലേ അത് നാത്തിൽ മൂസാക്കിയല്ലേ ആ ആ കുതിരക്കൊള്ള ഫാക്കി കുതിരക്കൊള്ള പസിലാക്കുന്ന അവസരത്തിൽ എന്താ കാര്യ എങ്ങനത്തെ പസിന് മക്കാമോ ഇന്ന മക്കാൻ നിൽക്കണം അപ്പൊ നാത്തിന്റെ മൊത്തം നിൽക്കുന്നില്ല നിങ്ങൾ നാക്കിൽ നിൽക്കുന്നുണ്ട് കാർത്തിക്കാകുമ്പോ പൊത്രലല്ലല്ലോ അറുടെല്ലേ ഞാൻ ഇങ്ങനെ മൊക്കാന്ന് നിൽക്കുന്ന ബോർവ് പൊത്ര പറഞ്ഞു എന്തുട്ടോ തൂത മായിട്ട് വന്നിട്ട് ഈ രണ്ടാമത്തെ പൊത്രണ്ടല്ലോ ആഹ്റ അത് വെച്ചാൽ മാറിയിട്ടുണ്ടാകും പേടാം നിങ്ങൾ പറഞ്ഞത് അയവാലും സായി ആയിൽ കൂട്ടുന്നൊക്കെ കുതിയിലേക്കാളും ആദ്യത്തെ മാങ്ങിട്ടുണ്ടായിട്ടില്ല ഈന് പകരം നിൽക്കുകയും പോകണം ആഴത്തെ മാഹിയത്ത് ഉണ്ടായും പോകണം അങ്ങനെ വന്നാൽ ലതിമ അന്തക്കുരൽ മാഹിയത്ത് ആന്മു അന്നേരം ആഴത്തെ മാഹിയത്ത് ഈനക്കാൻ ആൻമാറ്റു മാറും അപ്പൊ മായിയത്ത് ആന്മാവുന്ന അവസരത്തിൽ താരിഫ് എന്താ വരും സങ്കൽപ്പിച്ചു നോക്കറ ഉദാഹരണം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അതിനെന്താ കുത്തുക വേറൊരു ഫസ്റ്റ് കണ്ടെത്തും ഇൻസാൻ പറ്റുന്ന അതെന്താക്കണം അൽ ഹാനും ആക്കറൊന്ന് പൊത്തുൻ നാഗറം താക്കണം എപ്പോ മക്കാമഹ ആദ്യത്തെ നാറ്റിക്കന്നെ മക്കാമിൽ നിൽക്കും പെടണം നിക്കുന്നത് തൂമിൽ മാഹിയത്തു അതിനോടൊപ്പം മാഹിയത്തും ഒരുതായും ഇൻസാനായി രൂപാന്തരപ്പെടുകയും പേടാം എന്നാൽ ലതിമ ലാതിരൽ മാഹിയെത്തും മാഹിയത്താകുന്ന ഇൻസാനാവിടെ വാഹിയത്ത് തയ്യാരിപ്പം രണ്ടായിരത്തി രണ്ട മാഹിയതാണ് ഇൻസാൻ ആ ഇൻസാൻ ആ വായിക്കാണ് അമ്മ അഭിരാണ്ട വേർഡ് കാണാറുണ്ട് ഒന്നേക്ക് നാട്ടിലേക്ക് എന്റെ വ്യാഴി ആയിട്ടുണ്ടാവും ആക്കരി അപ്പം ഫസ്റ്റ് നാഗോന്നുള്ള സൗഹൃദത്തിൽ ഉണ്ടാവില്ല ഈ രണ്ടു ജുസു കൂടുന്ന താരിഫും അല്ല ഇൻസാൻ പറഞ്ഞ ഒറ്റ ജുസ് ഒറ്റ ജുസു അടങ്ങിയ ഈ മാർഗപ്പൊന്നാണ്ടേപ്പങ്ങോട്ടും ആ ഹാവാൻ നാത്തക്കെല്ലാം ഇൻസാനാണ് ഇൻസാനുള്ളത് അപ്പോ ഹാവാൻ ആക്കിലല്ലാം ഇൻസാനാണ് ഇൻസാൻ അല്ലാൻ ആക്കിൽ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആപ്പിൾ അല്ലാത്ത ആളുണ്ടാവാൻ വേണ്ടത് ആ കാക്കിയിലാണെങ്കിൽ ഫസ്റ്ററിന്റെ ആഹ്റയാണെങ്കിൽ ആപ്പിൾ ഉണ്ട് വൈറു ആപ്പിൾ ഉണ്ട് വന്നു ഇൻസാൻ അപ്പൊ ഇൻസാൻ ആം മണി അപ്പൊ ഇപ്പൊ മായിട്ട് ആം ആകുമ്പോൾ ഇപ്പുറം കൊടുത്തുണ്ടായി അത് ഹർത്തവും നേരിട്ടു മോയിൽ തുറന്നു നമുക്ക് വേണ്ടതോ മുസാബാത്തുഹൂ എന്ന് പറഞ്ഞാൽ പത്തിന് മുസാ അപ്പൊ ഇപ്പോഴും മായത്തെ ആം മാറുമ്പോൾ ഇപ്പുറം കൊടുത്തുണ്ടായി അത് ഹസ്വം നേരിച്ചു മായി തുറന്നു നമുക്ക് വേണ്ടതോ മുസാവാത്തുഹു ലഹാംസാബാത്ത പറഞ്ഞാൽ പത്തിന് മുസാവി ആയിരിക്കണം എന്തിനോട് ലഹാ മായത്തിനോട് പസനായിക്കൊണ്ട സാറിന് മുസാവി ആയിരിക്കണം നമ്മുടെ സങ്കല്പം അവിടെ പത്തിന് അഹസ്വം മായത്തെ ആമയ്ക്കു മാറുന്നുണ്ട് വരും ഇബാത്ത കൊണ്ടോ ലഫിയുണ്ടോ നേരത്തെ റുക്കുമിൽ പറയപ്പെട്ട ഒരു ഇതബാത്തോ ലഫിയോ ഉണ്ടല്ല അദ്ദേഹം ബിഹീന അതെ ഞാൻ ഹുക്കുമ് ആ ഹുക്കുമ് കൊണ്ടുള്ള ആക്കമ് ഇമ്മൽ അക്കലോ വഹിമ്മൽ ആകത്തോ അത് അതായത് ആ കൈ നാട്ടിലുള്ള വഹിം അക്കലോ ഇമ്മഹിയും വൈമാറയും ആ വൈറിലെയുള്ള ഹാക്കിന്മാരാണ് ഒന്നിക്കിൽ അക്കലാകാം അല്ലെങ്കിൽ ആഗത്താകാം ഇവിടെ ആകത്ത ആ ഹാക്കിമ് ഫൈൻകാനത്തൂന്നുണ്ടെന്ന് പറയുന്ന ഹാക്കിം ആകത്താണെങ്കിൽ അല്ലെ കൊണ്ട് കാണാൻ ഹാക്കിമിലേക്കുള്ള മീനും താനെ താമുൻ ആഫീസോ ഭയങ്കര താമൻ ആഫീസോ നാഫിത്താണ്ടേ നാഫിത്താന്ന് പറയത്തിൽ ഇസ്മെടുത്തോ ഇസ്മു നമീന വടങ്ങുന്നത് ഹാക്കിമിലേക്ക് ആ ഇസ്ബാത്ത് കൊണ്ടോ കൊണ്ടോ ഹുക്കുമ്പ് ചെയ്ത ഹാക്കിം ആദത്താണെങ്കിൽ പറയുന്നത് അപ്പൊ ആകത്ത് ടവറല്ലേ അപറ നവസരത്തിൽ ആണെങ്കിൽ അപ്പ താ കാനത്തിന്റെ താമ്പിനാണ് അത് കുറച്ചാളെ പറഞ്ഞു പറഞ്ഞില്ല കാനത്തിനുണ്ടാറ് താമാക്കിയാൽ ആലത്തം മൂലം കിട്ടൂ നമ്മുടെ ചർച്ച എന്താണ് ഒന്നിട്ടില്ല അഖലാകാം ആകത്താകാം ഹാക്കിങ് അകലാകുമ്പോ അങ്ങനെ അതിന്റെ ലഫ്റ്റിമല്ലേ പറഞ്ഞു അപ്പോൾ നോക്കിയേ പറ്റൂലല്ല മറ്റൊരു അഫ്റ്റിലല്ലേ പറഞ്ഞ റൈമുളള ഇസ്ബാത്ത് കൊണ്ടോ നസീ കൊണ്ടോ ഹുക്കുമ് ചെയ്ത വസ്തു ആകത്താണോ എല്ലാ അക്കലാണോ അപ്പൊ കാണാം വീരത്തേക്ക് കൊടുക്കുന്നത് ഹാക്കിമിന്റെ അപ്പൊ കാണത്തു കൊണ്ടിരുന്നു അത് അവർ നോക്കി ആരത്തെ നോക്കി നോക്കി പറയുന്നില്ലാത്ത ഹുക്കുമിലുള്ള ആ ഹുക്കുമിന്റെ ഇസുബാത്തോ നഫിയോ ചെയ്ത ഹാക്കിം ആണെങ്കിൽ അല്ല ആറത്താണെങ്കിൽ ആ ഹുക്കുമ്പോ ആദിന്റെ പേരായി അപ്പൊ ഹാക്കിമിന്റെ നോക്കിയിട്ട് ഹക്കുമിന്റെ പേര് കൊടുക്കുന്നു ആദി ആയി പല നൊക്കുമ്പോൾ അപ്പൊ ആദിക്കും അപ്പൊ ആദി ആയിക്കുമ്പോൾ അതാണ് ആദ്യത്തെ എന്തിന്റെ ഇത്മാകാനുള്ളത് അതിന് പറഞ്ഞ അവനധീവൻ അതിനെ ആദി ആക്കാം ആദിയാക്കാനാണ് പ്രതി വാസ്തവത്തെ തക്കറും ഹിസ്റ്റി അതാണിത് മത്തിനോട്ടിപ്പോ ആദി ആക്കാനുള്ള അപ്പൊ അബ്ദിവാസി തക്കറോറിഹുമാ ബാ അമ്പറിന്റെ അമ്പിൻ്റെ രണ്ടമ്പാട്ട മുത്താകപ്പെട്ട അമ്പലി മുത്തുമ്പത്തി ലഹുമായ അമ്പലിന്റെ അടിയിൽ എന്തുണ്ട് തക്കറൂറുണ്ട് ആ തക്കറൂർ വാത്തിയാണ് ആ തക്കറൂറാണെങ്കിൽ അകത്തു എന്നാണ് സാധനം അപ്പൊ അബ്ദിവാസിന്റെ കൈ എന്തിനുള്ളതാണ് വൈ വെക്കുമ്പോൾ ാണ് വി തക്കറിയുമാറയുന്നു തക്കറിച്ചിണ്ടാവല് ഒന്നിലധികം രണ്ടുപോന്ന് പറയുന്നു ആദ്യം ബാറ്റിങ് മനസിലായിട്ടില്ല حاكم من ده اعتباره مجيدة عادية وعكليية عادية وعادية أبوال نهالفه والحكمه غير الشرعيه حكمهن الذي اثباته عن ذلك او نبيه عنهن الذي متلكا يحكمنه غير الشرعيه متلكا يحكمن به هيفون الذي اه متلكا يحكمنه من دهما الشرعيه الا عادية اكليه وعيكالهن ആദിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആവർത്തനം കൂടി നോക്കറ വരും ഹുക്കമോ അപ്പൊ വരൽ ഹുക്കമുള്ള ആദിയോ എന്നുള്ളത് ഏത് ഹുക്കിമയുടെ അറിയിപ്പ് ആദിയാത് ആദിയായ ഹുക്കം ഇതാണ് കൈ വരണ്ടേ തൈട് തീരുള്ളൂ അപ്പൊ ഹുക്കുമല്ലാദിന്റെ ഇസ്ബാഫ് അബ്ദുൽ അബ്രീൻ അവിടെ ചെയ്യുവാനും അതിന്റെ ജീവിതായി വാസ്തു ചക്രതി ഭയരവമാ എന്നുള്ളത് ആ രീതിന്റെ പത്ത് അതാ പറഞ്ഞിരുന്നു ഇനി വേണ്ടിയിട്ട് ആണ് നാറരിക്കും നാറ് മഹരിക്കത്താണെന്ന് പറഞ്ഞ് നോക്കാം അപ്പൊ അമ്പിൾ പറഞ്ഞെ നാറാണ് അമ്പിൻ ലാമ അമ്പ് മൂന്നിനാണ് ഇസ്ബാത് അമൃ നമ്മൾ അപ്പൊ നാറൻഹാച്ചെ സുഹൂത്താക്കുന്നു നാറ് മെഹകാച്ചെ സുബൂത്താക്കാറുള്ള ഹാക്കിമാരാ മുസ്തബിത്തായ ഹാക്കിമാരാണ് ആര്യ അകത്താണ് തീർക്കുന്നുണ്ട് ആര്യസൂളാറക്കടും അതിന്റെ പയറിലേക്ക് കിടക്കും വളയിൽ മുറാദു മിന്നാറ നാറു മൊഹരി തത്താണെന്നോ തഹാൻ ബുസ്ബിയാണെന്നോ പറഞ്ഞതുകൊണ്ട് മുറാദാകൂടാ അന്നാറ നാറു മത്തലൻ നമ്മൾ ഒന്നാമത്തെ ഉദാഹരണത്തിന് ആറ് രണ്ടാമത്തു ഹീ അത് എന്നോ ഇസ്ബ എന്നോ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇസ്ബ എന്നോ മൊഹത്തിറാണ് പറയുന്നില്ല അതാണ് തൗഹീദ പറയാൻ പോകുന്നു ഇത് കാരണം ഇത് തകർത്തീരോ തകൃതീരോ എന്നുള്ളതിൽ ആ ദലാരത്തലിൽ ആരത്തി ആഗത്തിന്റെ ദലാരത്തില്ല അല്ലെങ്കിൽ തൗഹീലിന്റെ ദലാലത്തില്ല കുറേ ആഴത്ത് നടന്നത് കൊണ്ട് ഈ ആകത്തോണ്ട് ഇതായിരുന്നു പുറത്തിടാന്ന് വരില്ല ഇല്ല അത് ഉണ്ടായിക്കൊണ്ടെന്നില്ല അതിന്റെ പിന്നിൽ ഒരു ചെടുബോധനാകാം ഈ ഈ ഇത് ഇതും അല്ലാത്ത മൂന്നാമത്തെ പുറമേ ഉള്ള സംഗതിയാകാം വന്ന വഴവിഞ്ഞതുകൊണ്ട് മേഘമാണ വഴവിക്ക് പ്രത്യേകം അറിയിക്കൂല്ല മേഘത്തിനെയും അതിൻ്റെ അടിയും കൂട്ടി എടുക്കുന്ന പ്രത്യുണ്ടാകും വൈറുണ്ടായ വൈനമായ അരികത്തു ആരത്തെ അറിയിച്ചത് രണ്ട് കാലത്തിന്റെ ഇടയിൽ റബുത്ത് ഉണ്ട് എന്ന് കിട്ടി നാരെന്റെയും നേതാക്കൻ്റെ ഇടയിൽ എന്തണ്ട് ഒരു റബുത്ത് ഉണ്ട് ഒരു ബന്ധം കാണുന്നുണ്ട് എന്നതാണ് ആകത്തോട് ആകെ തിരിച്ചത് അമ്മ തായി റബുത്തിന്റെ പായിലാരി അത് പഴയ തല ആരത്തെ ഈ മതത്തിലും നാലത്തിന്റെ യാതൊരു കലാകത്തും ഒന്നും അയച്ചേരൂല ഏത് അച്ഛലിന് ആകാലം വരെ ഒന്നും അയച്ചേരുന്ന ഏറി പറഞ്ഞാൽ സാണിയിലേക്ക് ആദിണ്ടെന്ന് കിട്ടാന്നല്ലാണ്ട് ഇവന്റെ തിബക്ക എന്താണ് കോടിക്കലെ ഒന്നും അറിയിക്കൂലല്ല അച്ഛനൊക്കെ അപ്പന്നല്ലേ മനസ്സിലാക്കാൻ അതിനാമീന ആഴത്തിൽ നിന്ന് കിട്ടൂലക്കാ ഇക്കാ ആ ഫായി തയ്യന്റെ സംബന്ധിച്ചുള്ള എൽമം എന്താക്കാൻ കിട്ടൂല ആഴത്തിന് കിട്ടൂല എന്ന് കമാകാലിമുസനു അതിനെപ്പറ്റി വിശദമാക്കി രണ്ട് വസത്തി അത് നമുക്ക് ശേഷം പറയാൻ പോകുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞ അക്ക പറയുമ്പോ Well ി വിശാലമായി സംസാരിക്കൂടക്ക് മുമ്പ് വന്നിട്ടാണ് അതൊന്നും കുറച്ചുകൂടെ വന്നേക്കാം എന്ന് പറഞ്ഞതിലുള്ള ഒരു ഹാക്കിങ് ഉണ്ടോ അവർക്കിംഗ് ആണെങ്കിൽ അൽക്കില്ലാണെങ്കിൽ അപ്പൊ അച്ക്കുമ്പോൾ പറയുന്നു മുത്തലേക്കു അല്ലുമ്പോൾ അമ്രീൻ ചെയ്യൂ എന്നായി എല്ലാ ജിസായി فقد على من غير تملكنا تكرارين تكرارين ما نملك توقف نوكندا الا غير مرتوي عادي مرتوي ولا استناب الى ترى الى السماء لكن استناب نوكندا ترى يا مرتوي سلام ابو صالح بهذا الكيد الاخير عطان مرنا كده عادي ولا ولا استناب الله ادر الى الشراي انا بفكم ادور بابي ترى يا حكم المرتوي ഒരു ഫീഹിന്റെ ഫക്കീറി ഫീന്റെ അഖിലാല്ലുന്നു ഫെമ ചെയ്യുമ്പോ അവരുണ്ടല്ലോ അക്കലാടിയുണ്ടല്ലോ അപ്പൊ ഒരു ഫീ അക്കരാത്ത് വാജിബത്തുൻ എന്ന് ഒക്കു ചെയ്താൽ ഫക്കീഹിന്റെ അക്കിലിയാക്കുമെന്നാണോ പറയുന്നത് ചെറയക്കുമെന്നാണോ പറയേണ്ടത് വാജിബത്തു എന്ന് ഒക്കുമ ചെയ്താൽ അത് അഖിലിയാക്കുമെന്നാണോ വെക്കേണ്ടത് ചെറൈയറക്കുമെന്നാണോ വെക്കേണ്ടത് എന്തുകൊണ്ട് അവിടെ അത്തരാത്ത വാജിപത് എന്തുള്ളത് ഹിതാബിമായി കുടിച്ചേർത്തതാണ് അക്കി അറിയിച്ചു പറഞ്ഞല്ലാതിൽ ഇരശ്വര ഈ എന്ത് പറഞ്ഞ വാക്കുകൊണ്ട് ഏതുപോയി ഒരു പക്കി ഹുക്ക് ചെയ്യുന്നു അത്തരം കൈത്തും ഇസ്തലാഖി അവിടെ അമ്പോ സലാത്തിന്റെ ആ മുസ്തീഫ് പച്ചാതന്റെ ഇസ്നാദാക്കി പോയിട്ടുണ്ട് ഇല്ലാ ഹിതാബിനല്ലാത്ത് വളരെ ഹിതാബിലേക്ക് ഇസ്നാദ് അപ്പൊ അതക്കരിയാക്കുന്നല്ലാ അല്ലെങ്കിൽ പറഞ്ഞക്കാരാ അവിടെ ഫീന് മുഹി അക്കരണ്ട് ആലോചിച്ച് പിന്നെ തിട്ടെന്ന് പറഞ്ഞില്ലേ അതക്കനക്കുമല്ലാന്ന് തോന്നി റബിന്റെ മതിൽ ബൈസിലാദ്യം പറഞ്ഞിട്ടുണ്ട് લા મહાલના હુકમલ અકલને નકહીદું બરતતો હોયે છે શરઅિયમ આદિયમ બરતતો હોયે છે આ 3 ને મન્હતલા એટલે કેટલી આવાર શરિયત 10 ને પત મંડન ઓરદલો એટલે આદિયો આદિ 10 વલા 100 વલા 10000 વલા નહિ અલહ અલહમદુલ્લાહ અલહુલાત પો મુંનનતલે રીસાર ને કહુલા અકલિન હુકમ સરાયને કુમ અલ આદિયમ અલ બતુલ હુકમુલ અકલ એ નકહી દોડે એ રેયે બઈતલી െന്ന് പറഞ്ഞതില് പലിയുണ്ട് ആ പല മാനിയിൽപ്പെട്ട നമ്മൾ ഏതൊരു ഉക്കുമ്പോളത്തിന് ആ ഉക്കുമ്പോ വർദ്ധനത്തിനാക്കണം അത് എബ്ബാൽ ബിമാൻ മഹക്കൂ ബിഹിന് അർത്ഥം കൊടുക്കണം ഷുക്കുമ്പേ മാന പറഞ്ഞിട്ടുണ്ട് അതിൽ മെഹക്കുമോ ബിഹി എന്നുള്ള മനപ്രകാരമുള്ള ഹുക്കുമോ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഹുക്കുമെന്ന് പറഞ്ഞതിന് റുക്കുമുൽ ഹുക്കുമ ഒന്ന് ഹുക്കുമയ്യൽ രണ്ട് പിന്നോ എന്നി മഹമൂൽ എന്നി മഹക്കുമൂലാണല്ലോ മെഹക്കുമോ ബിഹി എത്ര മാനോത്തിനോട് നേരത്തെ ഉണ്ടെ നാല് പേന് അഞ്ചു എത്ര മേന വക്കുമിനി ഒന്ന് രണ്ട് തിറഫിന്റെ അടികൾ ഹിസ്ബത്തുൽ റുക്കുമിയൊക്കെ ഹുക്കുമതിന് പേരുണ്ട് അതുപോലെ ജയ്ത് കായിമ ആണ് എന്നുള്ള ആണ് അല്ലെ അല്ല എന്ന് പറഞ്ഞത് ഹിസ്ബത്തിൽ ഹുക്കുമിയ അതിന് ഹുക്കുമോ എന്ന് പറഞ്ഞു ഈ തെറഫിന് ഏ തൊറഫിന് മൗലുവെന്ന് പറഞ്ഞതൊക്കെ ജയ്തു കാണില്ല അതിന് ഹുക്കുമതിന് പേര് പറയുന്നുണ്ട് മയക്കൂമ ബിഹിയുണ്ടല്ലോ ഏത് ഫിയാമ് അതിനെ ഹുക്കുമുവിന് പേരുണ്ട് ഇതിന് ഇത് മൂത്താവല്ലെന്ന് മേലാക്കുന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ടോ അവിടെ നേരത്തെ നേരത്തെ നോക്കിയെ വഹുവ ഇസ്ബാത്ത നോക്ക് അച്ഛാ വഹുവാത്തു ഇത് ഇത് വരുന്നാൽ മതിയോ നിങ്ങൾക്ക് അത് മേലെടുക്കുന്നുണ്ട് ബ്ലാക്കറ്റ് വണ്ണം കൂടും മുമ്പ് മേലേക്കട്ടെ ഇങ്ങനെ ഓദ്യിയത് വഹുവാത്തു കടം അന്നൽ റുക്കുമ لَهُ إِطْلَاقَاتٌ وَجَعَى مِنْهَا إِطْلَاقَاتٍ مِنْ فَدَقَهَا خِتَابُ اللَّهِ وَنَا اللَّهَنَا خِتَابٍ نِوَيْرَنْدُرُنُ هذا برده يوم هذا ترى يوم حكم مُقَلَّبِ إِنَّا إِلْمَهِ مَنْدَبْتَعَ وَرِقَالِهِ وَلَوَرَدُنْ اللَّهَنَا خِتَابًا دَعْمَا عَلِنَا فَتِيَنْدَوَرِيَ ومن ان آل نسبه الحكم ينتقل كطبولك يا بعمل زيد في زيد قامول 2 ومنه المحكوم عليه كزيد في اسم مثالي على الموضوعه ومنه المحكوم به كقيام المثالي في ثانيه بقى قامول كل قيام لك قامول ده دول دول അല്ല മക്കോട് വിഹിന്നറിയപ്പാ അയാമു കൊണ്ടാണല്ലോ ഒക്കെ ചെയ്തിട്ടുള്ളൂ കായുമുൻ എന്ന കൗല് കൊണ്ട് പറയുമ്പോൾ ഇയാമുകൊണ്ടാണല്ലോ വെക്കുമരുത് അന്നേരക്കും അറിയാം ഇങ്ങനെ കിട്ടുന്നത് തന്നെയല്ല നാല് ഇസ്ബാത് അം ഒരാൻ നാല് ദിനത്തിൽ വെക്കുന്നത് നടപ്പം വെക്കാറുണ്ട് അതിൽ നിന്ന് നമ്മൾ ഏതാടുത്തു ബഹുവാൻ മുറാദ് ഇവിടെ മുറാദ് ഏതാണ് ിൻ എന്നതാണ് മുറാവീർ വളർന്നു തുടങ്ങി അല്ലേ അപ്പോൾ ആ ഹുക്കുമലേക്കല്ലേ റമീർ മടങ്ങണമോ കിമ ബിഹിന് റമീർ മുടങ്ങേണ്ടത് ശരിക്കും ആ മുറാദായ ഒരാ നമ്പറിലേക്കല്ലേ മടങ്ങേണ്ടത് അവടെ എന്താക്കി മൂപ്പർ ബിൽ റുക്കുമി റുക്കുമൊണ്ട് തോന്നി ലാ ബിൽ മാനൽ മുറുക്കുന്ന ആ മുമ്പ് പറഞ്ഞ മാനാക്കല്ലേ മുമ്പ് പറഞ്ഞ മാന മുറാദായ മാനേ വർദ്ധിപ്പിക്കുന്നത് അമ്മാനാക്കല്ല ബാൽ എന്തുകൊണ്ടെന്ന് മാന മാക്രോ ബി പ്രകാരം മടക്കണം അവ നാടിൽപ്പെട്ട ഒന്നാണ് നേരത്തെ മുറാതായ മാന ആ മാനപ്രകാരം നവീന മടക്കിക്കൂടാ പിന്നീട് പ്രകാരം മുടക്കണം മാക്രോ ബിഹി എന്ന ആരാക്കാർ മുറക്കണം അപ്പോ നേരത്തെ ചർച്ച ചെയ്ത് വന്ന ഹുക്കുമിന്റെ മാനമാർജി ഒന്ന് വേറെയായി ഇവിടെ നവീന മടങ്ങുമ്പോൾ മാനം എന്ത് മാറ്റി അത് ഇസ്റ്റിതാകൂടി വരും ജയഗ്രാ എങ്ങനെ നമ്മൾ ഇത്ര നേരം മുറാതായ റുക്കുമത്തെപ്പറ്റി ചർച്ചയാണ് ഇസ്ബാ ൽ അം എന്നതാണെന്ന് തോന്നി കുറിക്കാര്യത്തിൽ ഒത്തിരി അപ്പം ആ കാവെന്ന് തുടങ്ങാൻ ഇങ്ങനെ വന്നിട്ട് വൽ ഹാ കിമോ എന്ന് പറയുന്നത് ഹീലോ നീലത്തേക്ക് മടങ്ങണം ഇസ്ബാ ൽ അം എന്ന മാനത്തുള്ള റുക്കുമിലേക്കാ മണങ്ങത് അങ്ങനെ മറക്കിയാൽ ശരിയാകുമില്ലാ റക്കുമിന്റെ മാനമാക്കണം മയക്രോ ബിന്റെ മാനിലേക്ക് തിറ്റിക്കണം അത് വളരെ വ്യക്തമാണ് അപ്പോ ഹിസ്റ്റി കഥാമൻ അപ്പൊ ഇസ്റ്റി കഥാമ് വന്നു കഥാമും നേരത്തെ ചർച്ചാ വിഷയത്തിലേക്കല്ല അമീന മുറങ്ങുന്നത് ആ ചർച്ചാ വിഷയത്തിന്റെ വേറെ കിസ്റ്റിലേക്കാണ് അമീന വഴങ്ങിയത് നാല് മായനയിൽപ്പെട്ട ഒരു മാനം ഉറാദാക്കി നമീന് വളക്കുന്ന പത്രത്തിൽ വേറെ മാന മുറാദാക്കി നാല് വായന ജീവിതത്തെക്കുന്നതെന്ന് ആ അമ്പിലേക്ക് മടക്കാം ഏത് അമ്പറിലേക്ക് വൽ ഹാക്കി മു അപ്പൊ അതായർ വൽ ഹാക്കിമൊബിൽ അമ്പിൽ മൊബി അപ്പം ഉത്തരം ഒന്നിലേക്ക് വെച്ചു ഉത്തരം തന്നെ ഹൊക്കുമേക്ക് മടക്കിയിട്ട് ഹുക്കുമീനും ആക്കുമൊ ബിൽ നിന്ന് അർത്ഥം കൊടുക്കാം അല്ലെങ്കിൽ ബിഹിറമി അമ്പറിലേക്ക് കൊടുക്കാനും അമൃ കൊടുത്തിട്ട് ഏത് അമൃപ്പാ ഇസ്ബാത്ത അമ്പിൻ ഉണ്ടല്ലോ ആ മഹക്കോ ബിരിയായ അമ്രനെ ലി അംബിൻ പറഞ്ഞ മഹക്കോമിന്റെ അരഹിയായ അമൃ സുഭൂത്താക്കളിലെ അർത്ഥം അപ്പൊ ഈ ഒന്നാമത്തെ അമൃത ഇസ്ബാത്തു അമ്രിൻ ആ അമൃലേക്ക് മടി മുടക്കാം അത് അമൃതീ മഹക്കോ ബിരിയായ അമൃത് ആ മഹക്കൂമ് ബിഹിന്നല്ല തിരിച്ചോണ്ടത് അങ്ങനെ മണി അയക്കോണ്ടെന്നത് മഴയും തിരിച്ചോ ിൽ അഖിലാവാം ഇത് ഹക്കിമ് മജാദുൻ അവിടെ ഒരു അഖലിയായ മജാദ് നടന്നിരിക്കുന്നു എന്താ അക്കലിയായ വിചാത് ഇശ്വര് ശരിയായ പാലിലേക്ക് ഇസ്വനാഥ് ചെയ്യാതെ മറ്റൊന്നിലേക്ക് ഇസ്വനാഥ് ചെയ്തുകൊണ്ട് പറയുകയാണ് ഇത് വെച്ചൊരു ബന്ധം വേണം ഭക്ഷണം കഴിക്കുന്ന വേശ ഇതെന്താ വേശ കിത്താവ് ഓടുന്ന വേശ എന്ന് പറഞ്ഞു ഇതെന്താ കിത്താബ് കിത്താബ് ഓടാൻ കിത്താവ് ഏതുമ്പോൾ ആണോ മക്കൽ അങ്ങനെയുള്ള വേശാൻ എന്ന് പറഞ്ഞാൽ എൻഎൽ ഹാക്കിമ ഹാക്കിമ ലെഫ്റ്റ് അപ്പൊ അഖിലോ അക്കൽ ലെഫ്റ്റിന്റെ ആലത്തം ആരത്തിലേക്കാണ് ഇസ്നാദ് കൊണ്ടത് അപ്പൊ നേർക്കു പറഞ്ഞാൽ അഖിലി മുഖേനയാണ് ആര് ഇനാ ഹക്കുമു ചെയ്തത് ലെഫ്റ്റ് ഹെക്കുമ ചെയ്യുന്നത് എന്നർത്ഥം അഖിലിന്റെ വാഹിക്കോ ആലത്ത് പ്രകാരം ലെഫ്റ്റ് ഹുക്കുമേ ചെയ്തുകൊണ്ട് ആരത്തിനെ ഇസ്നാദ് ചെയ്തുകൊണ്ടിട്ട് ഇസനാദ് ചെയ്തുകൊണ്ടാണ് ആര് ഹെക്കുമി ചെയ്തത് ലെഫ്റ്റ് ഇവിടെ അക്കലിനെ ഇസ്സനാദ് ചെയ്തുകൊണ്ടാണ് ഹക്കു ചെയ്യുന്നത് നൽകി വഹിമൽ ആരത്തു അല്ലെങ്കിൽ ആരത്താകാം ഹിയ എന്താ ആരത്ത് എന്ന് പറഞ്ഞാൽ മഹത്താത ഹുന്നാസു ജനങ്ങൾക്ക് പതിവായി കാണപ്പെട്ടത് വഫീഹി മജാദു അവിനിയുടെ മജാദ് മജാദുള്ള ഹരിഫാണ് വേണ്ടത് ആരത്തിന്റെ ഹരികാർക്കുമീരുന്ന് ആർക്കും നോക്കുന്നു നേട്ട വന്നില്ലേ ആരത്തല്ലേ ഉറക്കുമ്പോ ആരത്തിന്റെ ഹരികാർ അതായത് ആയിക്കാണോ അകത്ത് കിട്ടിയത് അതും കാര്യമാണ് ആകത്ത് കിട്ടലെങ്ങനെ രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ ഒരു കാര്യമുണ്ടായ അകത്തഞ്ചു ആ അത്രയും ഉണ്ടാകും അപ്പൊ ഒരു വ്യക്തിക്ക് രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ ആ ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓണിക്ക ആ ഓൾ എങ്ങനെ ഞാൻ വൃക്തമെയ്യാം ആകത്തഞ്ചി എപ്പോ ഓണ് വേഗി വന്ന രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ വേകി വന്നാൽ എന്ത് വൃക്കം ഓം എനിക്ക് എന്താളാകുന്നു നിസമ്മ ചെയ്യാം എന്താ തെളിവ് ആരത്ത് ആരത്തനുസരിച്ച് അതാണ് ഹരക്ക് മജാദ് എന്ന് പറഞ്ഞാൽ ഒരു അകലി എന്നുള്ളത് കളയപ്പെട്ടിട്ടുണ്ട് അതിൽ കളിയത്താന്ന് പറഞ്ഞാൽ അത് ഹർപ്പ് മജാതാക്കാം എല്ലാത്തിനും ആനത്തിന്റെ കൊള്ളത്തന്നെ നേരെ ഇച്ഛനാതാക്കുകയാണെങ്കിൽ എന്തുക്കാം മജാത്തിന്റെ അക്കിനേക്കാം നേരത്തെ പായല്ലാത്തതിലേക്ക് ഇത്തിനാറിയിട്ടില്ല വൈല ആ രണ്ടു കോളും വെച്ചിട്ടില്ലെങ്കിൽ പൽ ആദത്ത് ലൈനത്തെ ഹാക്കിമ തന്നെ ആദത്തി ഹാക്കിമേ അല്ല വൈനമൽ ഹാക്കിമോ അഹരിഹാൻ ഹാക്കിമാരാണ് ഒന്നിക്കന്നെ ഒന്നാമത്തെ കത്തീര പ്രകാരം രണ്ടാമത്തെ തത്തീര് പ്രകാരം ആരത്തിന്റെ അഹരുകാർ കൊട്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ട് രസ് ചേട്ടല്ല നേരത്തെ രണ്ടു മജാദാക്കി ഒന്ന് ആദക്കു മജാദ് അഹരി എന്നുള്ളതിന് അപ്പൊ ഓർത്തിന്റെ ഫൈലാതല്ല അപ്പൊ ആ ഒറിജിനൽ ഫൈലിനെ കളഞ്ഞതാണ് അവരെല്ലാം അജാദ് അത്മജാത്ത് രണ്ടാമത്തേ മജാദൻ നക്കലിയാണ് മജാദിൻ നക്കലിയാകുമ്പോൾ ആലത്താണ് ഇവിടെ ഹാക്കിമു എന്ന് പറയുന്നത് എന്ന് വെച്ചാലോ ആലത്ത് മുഖേന ആജാദ് വന്യമല ഹാക്കിമോ അതിഭാഗോണ്ട് അടുത്തേക്ക് നോക്കുന്നുള്ളൂ മജാദ് അതിശ് നോക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെയും നെഫ്സന്റെ രണ്ടാമത്തത് മതാവിനെ അകലിയാക്കിയാൽ ഹാക്കി മാതാ നെഫ്സ് നഫ്സിന് ഇത് ഉറുക്കുമ്പം ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കിയതാണ് നേരത്തെ അകലാ സ്ഥാനത്ത് ഇവിടെ ആകട്ടാം നെഫ്റ്റ് ഇവിടെ ചോദിക്കുന്നത് ഇത് ഒരുക്കുമ്പം ചെയ്യാനുള്ള കാരണം എന്താണ് അതാകത്താം ഞാൻ അകത്തും തിരിച്ചറിച്ച് പതിവ് എങ്ങനെയാണ് ഒരാജയം മറ്റൊരു ആണ് എന്ന് പറഞ്ഞി പക്ഷെ അതോടൊപ്പം ആദിയല്ല ഇപ്പം ആദിയാറും എന്നു വിവാഹിതത്തിൽ തക്കറിയുമാ എന്ന കൈ എന്തിനുള്ളതാണ് ആദിയാക്കാനുള്ള കയ്യിലാണ് ടഖുമാക്കാനല്ല ടഹുമാക്കാൻ ഇസ്ബാത്ത മതിയല്ലോ ആദിയാൽ അൽ മുറാദു ഇവിടെ ഹുക്മു ഗുണ്ടനോ മറാനാണ് ഇസ്മാത് ഇദ്രാക്ക് ദബൂതിൽ മഹമൂൽ റിൽ മൗദൂഇനാ മാ മാമാരിവണ്ടടാ മൗദൂഇൻ നി മഹമൂൽ ദബൂതാൻ എന്ന ഇദ്രാക്ക് ഇദ്രാക്കും ഇസ്ബാതുല്ല് ഇത്യാണ്ട് എന്താണ് ഇദ്രാകാന്ന വസറത്തിൽ ഉള്ള നസ്ലബി ഉള്ള ഒരു സാധനത്തിനെ മനസ്സി ഒപ്പിടുകയാണ് അപ്പോൾ നസ്തിന്റെ കൈഫത്താണ് ഇദ്രാക്ക് തഹീനല്ല അല്ലാതെ അർമൽപ്പെട്ട കൈഫത്താണ് ുള്ള വിനാണിങ്ങൾ ഒപ്പിയെടുക്കുന്നത് മറ്റേതാകുന്ന അവസരത്തിൽ ഒരു മൗസാൻ വെച്ച മഴയും വെച്ചിട്ടും വെച്ചിട്ട് ആക്കലാണ് മനസിന്റെ പണിയാണ് അപ്പം മനസിന്റെ അറന്നാണ് പേര് മക്കൂടിയല്ല കൊടുക്കുക മാത്രം അവർക്കുണ്ട് ഒന്ന് ആവുന്ന കേൾക്കാവും രണ്ടും അറിവല്ല നഫ്റ്റിനുള്ള അറിവാണ് അറുവാകുന്ന അവസരത്തിൽ മുദ്രാക്ക് നോക്കുമ്പോൾ എന്താ വരില്ല സേഫ് ഇസ്ബാത്ത ആർക്കൽ തന്നെ വേണം ആർക്കല്ലെന്നോ അതിനാൽ കഴിയുമ്പോൾ കേരള മനസ്സിൻ്റെ പണിയുണ്ടേട്ടില്ലേ എന്റെ ഇളാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിക്ക് തകരിപ്പില്ലല്ലോ ഇതാക്കല്ലേ ഉള്ളൂ അതുകൊണ്ടല്ലേ ഈ മാൻ എന്നത് ഇറവാണോ ഇസ്ബാത്താണോ പറയാൻ കാരണോ മനസിന്റെ പണിയായിക്കൊണ്ടല്ലേ ആമിരം വന്നാ പറഞ്ഞു അവ പേരുകൊണ്ടല്ലേ ഏൽപ്പിക്കണ്ടി പേരുകൊണ്ട് ഏൽപ്പിക്കൂമാണല്ലോ പേരെന്നു അതിഥിങ്ങളെ നോക്കും നിങ്ങളെ അല്ല വെറും നിതരാക്കാളും കഴിച്ചത് നിങ്ങളിങ്ങനെ നിന്നിർത്താണോ വെക്കുമ്പോൾ തന്നെ പതിവല്ലോ അവർ എന്ത്യാറല്ല കഴിച്ച് കഴിപ്പാണെന്ന് വെച്ചിട്ട് അക്കീഫിക്കില്ല അതെങ്ങനെ നിന്നോർക്കുമ്പോ അരിമന് ആ തക്കലീഫ് ഉണ്ട് എന്താന്ന് വെച്ചാൽ ആ കലീഫ് പതിയണമെങ്കിൽ അന്റെ മോലിയെല്ലാം കൂട്ടിട്ട് അവരുണ്ടാകും നിലനിർത്തി നടത്തണം എന്നെ കേസ് പതിയുള്ള അവർത്തേക്കാട് അക്രീഫ് ഈ മാൻ അന്ന് കൽപ്പിച്ചല്ലേ ഇപ്പൊ ഈ മാൻ കൽപ്പിച്ചു കാണുന്ന അവസരത്തിൽ ഇത് ചെയ്താണ്ടേ മുക്കല്ലപ്പിന്റെ ചെയ്തല്ലേ തക്കലീപ്പ് ഇവനെ മനസ്സിൽ പൊടിക്കണ്ടേ അത് മനസ്സിന്റെ ചെയ്താന്ന പറയുന്നു അല്ല കൈഫാൻ നോക്കുമ്പോൾ പേയിൽ പൊടൂല കീഴിൽ പോടാ നോക്കുമ്പോൾ തക്കലീപ്പിന്റെ മുക്കല്ലൊപ്പം കീഴിൽ ും രണ്ടു അറമ്മ ഇനങ്ങളിൽ ഒമ്പത് ഇനങ്ങളിൽ പെട്ടെ രണ്ട് രണ്ടിനെയിലാണ് കൈഫ് ഫെയിൽ ആരെ തിൽക്ക് തമ്മിൽ അയിനോ മൊത്തം തന്നെ എത്ര പറഞ്ഞാൽ തരുന്നില്ലേ ഫെയിലാണെന്നാണ് പറയുന്ന ചെറിയ തക്ലീഫ് വേണ്ടേ തക്ലീഫ് ഫെയിൽ കൊണ്ടെങ്കിലും ഉണ്ടാവരുത് കഴിക്കൊണ്ട തക്കലീഫ് ഉണ്ടാവരു അതുകൊണ്ട് ആ രാജ്യത്തെ അടിസ്ഥാനത്തിൽ തക്ലീഫും കീഴിലാണ് വേണ്ടെന്നാണ് മാറ്റം പറയുന്നത് എന്നാൽ ഇതരാത് കയ്പാവി നോക്കുകയാണെങ്കിൽ കയ്പും എന്തെല്ലാം ഇതിന്റെ അത് കയ്പിൽ ഉണ്ടാക്കി തീർക്കണം നെന്തുക്കി കിട്ടും അപ്പൊ രോഗം മാറൽ എന്നുള്ളതിന്റെ തക്ലീഫല്ല രോഗം മാറാൻ ആവശ്യമെ പണിയെടുത്തു അല്ല അണുറാബ് ചെയ്യുക ഇതറാഖ് സുബൂത്തിൽ മഹമോദോ അല്ലെ മൗനോ എന്ന മഹമോദിന്റെ സുബൂത്ത് ഉണ്ടല്ലോ ആ സുബൂത്തായി ഇതിറാഖ് ചെയ്തതാണ് ഇവിടെ ഈസ് മാതിക്കുന്നത് ആദ്യ ആ നസിന് ആയിക്കേണ്ടി സബൂത്തിന്റെ മുകളിലാക്ക് കബൂത്തി മുനാഫിൻ അലി ആദാഖി നസീനല്ല വേണ്ടി അൽ അമ്രു അൽ അമ്ര ഒന്നാമത് അമൃദായിക്കും സിയാമല്ല മഹമൂലി ഇവിടെ തോറത്തുന്നുണ്ട് നാല് അതിൻ്റെ എന്തല്ലോദിൻ ഒരു താമരത്തിന്റെ മുജൂദ് മറ്റൊന്നിന്റെ മുജൂദുമായി ബന്ധപ്പെടൽ ഒരു രീതി എന്താ നമുക്ക് ശിവുജോതിൽ അഖിലി അഖിലന്റെ ശിവ നോക്കടാ ശിവ അഖി തുന്ന അപ്പൊ തുന്നലിന്റെ വിജൂതുമായിട്ട് ശിവ എന്റെ ഭുജോദിന്റെ മണ്ഡമുണ്ട് എന്നതാണ് ഇവിടെ ഇറക്കുമ്പോന്നത് കുന്നലിന്റെ വിജൂത് ഉണ്ടായാൽ ശിവ എന്റെ ഭുജോദുണ്ട് അതല്ലേ ഒരു രീതി രണ്ട് ആ റോബത്തു ബി അഗമിം ഒരു അദവിനെ മറ്റൊരു അതിലിനോട് വധിക്കലി ആറാപത്തി അതിമിൽ ശിബരി ബി അതിമിൽ അഖിലി അഖിലിന് അതുമുണ്ട് അതുകൊണ്ട് ശിബിനും അതുമുണ്ട് രണ്ട് തളത്തിലുണ്ടാക്കി അതിമിനെ അബദ്ധപ്പെടുത്തി വാറാപത്തെ വിരൂതിന് അതിമിനോട് വൃത്താക്കലുണ്ട് ഒരു പണ്ടൊക്കെ അപ്പൊ നാളെ വരാം രണ്ട് തലത്തും രണ്ട് സ്ഥലത്തും അതിന് ഇവിടെ വജൂദ് ഇവിടെ അതിമു ഇവിടെ വജൂദ് നാളെ കൂളത്തലാ പറയുന്നു രണ്ട് തോളത്തിൽ മുജൂദ് വന്നു രണ്ടു പിറക്കിൽ അറിഞ്ഞു വന്നു എനിക്ക് വറോബത്ത് അറിമിൽ അതിമിനോട് റബുത്താക്കലി കറോബത്തിൽ അക്കലി അഖിലിന്റെ അതിമിനാൽ എന്നാണ് ബന്ധപ്പെട്ടത് അപ്പൊ ഇപ്പം അപ്പിച്ചു വ അതിൽ അഖിലി അ അച്ഛന് കൊണ്ട് ജു അതിമുണ്ട് വെച്ചത് അക്കന് ബുദ്ധം ഇങ്ങനേത് രീതി മാതാണ് രണ്ടു തുറത്തിലും ബുധൂരാകാ രണ്ടു തൊറത്തിലും അതുമാകാം ഒരു തൊറത്തിൽ ഗുരുവിതും മറ്റേ തറത്തിൽ അതുമാകുമ്പോ തിസും മറ്റും മൊക്ക നാല് തോരത്തിലും അന്നാകാതി തന്നെയാണ് വിവാഹത്തി തക്കർ എന്ന് പറയേ തക്കർ ഇന്റെ വാസിറ്റ എന്ന് പറഞ്ഞാൽ തക്കർ എന്ന വാതിട്ടാണോ തക്കർ അവിടെ വാസിറ്റ തന്നെ എന്തുകൊണ്ടാണ് ുംയാനാണ് വാസി തും ഒന്നേ വാസിന്റെ മഹാനാക്കണം ഒരമ്പർ മറ്റൊരമ്പറിന്റെ സുബൂത്താണെന്ന് ഇങ്ങനെ ചെയ്യുന്നു ആ ഇതിരാക്ക് ഒരിക്കൽ പോയാൽ എന്താകണം തക്കറു എന്നതിനോടൊപ്പമായിരിക്കണം അത് ഒന്നിലയ്യം തവണ ഉണ്ടാകണം എന്നറിയും ഒറ്റ തവണ ഉണ്ടായ കറുപ്പിലാണ് ഹർക്കൊബി മറക്കഴിഞ്ഞു തക്കറുണ്ടാവാൻ വേണ്ടി രണ്ടും മറക്കണ്ടായ മതി അപ്പൊ ഇതാണ് പറയുന്നത് അല്ലെ നെയ് നെയ്യോ നെയ്യാട്ടിന്റെ ഇറച്ചി ഉണ്ടല്ലോ ഇടക്കിൽ പഹുമാ പഹുമിന് നല്ല ഏഹ് ശക്തി കൂട്ടുന്ന കാണുന്നു ആട്ടുമോ തന്നെ വാങ്ങി തോന്നിട്ടാണ് ഇങ്ങോട്ട് എന്താണ് അതിമുതന്നെ മഹിച്ച് ും കുത്തി അരിച്ചു മാറുകഴിഞ്ഞു മറപ്പി ആ അനുഭവം രണ്ടു വർഷം ഉണ്ടായാൽ ഹെക്കുമുന്ന ആദിക്കും അപ്പം നെയ്യാട്ടിന്റെ ഇറക്കി പറഞ്ഞാൽ തൊക്കെ ആകുന്നു എന്ന് പറഞ്ഞ വെക്കുമ്പ ആദിയായ കുമ്മി തുന്നാലും കൂട്ടം കണ്ടാൽ ആ അന്ന് ഇത് വരണം എന്താണെന്ന് തന്നെയാണ് ൻ ഒറ്റം മാത്രമേനകട്ടുള്ളൂ എങ്കിൽ ഈ പരാതി ഉത്തരങ്ങൾക്ക് മുന്നേ ആരോഗ്യ എന്ന് പറയാൻ പറ്റില്ല ആന്റെ കൈത് പോയത് ഈ വാക്കപ്പെട്ട ഈ തകർക്ക് ഭൈരഹമാന്റെ കൈതു പോയി തക്കർക്ക് എന്റെ വട്ടം പണ്ടേ അയാൽ ഹിസ്റ്റീന്ന് പറഞ്ഞില്ലേ ഹിസ്റ്റിന്റെ മേല് തകർഭാവൻ ആവത് ഹിസ്റ്റിന്റെ മേല് തക്കർവാൻ ഏത് ഹിസ്റ്റ് ഹിസ്റ്റിൻ്റെ ഉണ്ടല്ലോ ഏതല്ലോ കാതുകൊണ്ട് കേൾവിയുണ്ട് അതിനെ കണ്ണിൽ കൂടി കേൾക്കാനുണ്ട് കണ്ണുകൊണ്ട് കാണലുണ്ട് തൊട്ടറിയുണ്ട് മാറ്റാൻ തിരിച്ചറിവുണ്ട് ഇതെല്ലാം ഹിസ്റ്റാണ് ഇപ്പൊ ഏഴര മണിക്ക് വാർത്ത വരും എന്നുള്ള ആര് ചെയ്യുമാണ് ഏത് തക്കറുകളാണ് ഏറെ മണി ഉണ്ടായിട്ടുണ്ട് എന്തിന്റെ മേലെ ഹിറ്റിന്റെ മേല് ഏത് ഹിസ്റ്റ് സൺ ആർ ഹിറ്റിന്റെ ബോണ്ടാണ് ഇവിടെ മുത്താൻ ഈ തക്കറു തക്കറു അഞ്ചാവുന്ന ഹിസ്റ്റരാണ് തക്കറുണ്ടാവേണ്ടത് വൻ മുറാദ് ഇവിടെ ഹിസ്റ്റ കൊണ്ടുണ്ടോ മുറാദ് മാ ഹിസ്മരം നാഹിരീയ്യ വൻ മാതീയാലും തിരക്കണ്ടാഹി ആണ് അഞ്ചെണ്ണോ ബാത്തലിന്റെ ഉള്ളിലൊന്നുണ്ട് വെച്ചപ്പനിപ്പടലി ഇത്ര മണിക്ക് ബാറ്റിൽ നിന്ന് ചീപ്പായ രണ്ടോന്ന് തിരിച്ചുരാക്ക് ആകട്ടനുസരിച്ച് അങ്ങനെ എപ്പോ അഞ്ചുമണിയാണ് വേണ്ടത് വസ്തു അപ്പൊ ആരുടെ അനുസരിച്ച് എന്ത് ബാറ്റിൽ പണം വാങ്ങുന്നുണ്ട് എന്ന് പറയാം പക്ഷെ അതല്ല കാളുമ്പോല്ല കണ്ണുമ്പോല്ല മൂക്കുമ്പോ നാക്കുമ്പല്ല മൈസിലാണല്ലോ മാത്തിന്റെ ആയിട്ടാണ് ആ മാത്തിന്റെ അയച്ചിലാണ് വിരുദാനും മാത്തിന്റെ ഉള്ളിലും കഴിച്ച് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് രാത്രി വേറെ വേദന വരുന്നുണ്ട് അല്ലെങ്കിൽ പല്ലുവേദന വരുന്നുണ്ട് ബസ്സിലിടക്കുന്നു പ്രഭുത്വം നെഹ്റാറുമായി ടെഹറാറ്റിനെ ബന്ധപ്പെടുത്തുന്നു ഇത് അത് എക്കറ്റുറവായി അത് ഞാൻ എണ്ണത്തിൽ ചെയ്യുന്നില്ലേ ആയിട്ട് വരുന്നത് കണ്ണോട് നാം തന്നെയാണ് അക്കരി റബുത്താവുന്നുണ്ടല്ലോ എത്തക്കനത്തി എട്ട് മോലാണ് മതിക്കുന്നത് ബാറ്റിൽ അനുഭവപ്പെടുന്നത് വിജിന്റെ പേര് അല്ലേ ഈ ചോദിക്കുന്നത് നിങ്ങളി പറഞ്ഞാൽ ഈ തക്കറോ നാല് തോറത്തിൽ ഉണ്ടാകാന്ന നേരത്തെ പറഞ്ഞേ എങ്ങനെയാ രണ്ട് തുറത്തിലും മുജൂദ് രണ്ട് തുറത്തിലും അതിമു അങ്ങനെ ഒരു തുറത്തിൽ മജൂദ് മറ്റു തുറത്തിൽ അതിമു നിണ്ടാവട്ടെ ഏതായാലും രണ്ട് തൂറത്തിൽ അറിമിന് ഇവിടാക്കണ്ടിവിടെ രണ്ട് തുറത്തിലും അതിമായാൽ അറിമനിണ്ട് ഇല്ല ഒരു പള്ളക്ക് മാത്രം അതിമു വന്നാലും അതിമുണ്ടി ഇടാക്ക് അതിമു ഇതിരാവിടുകയും ചെയ്യൂലോ അടിമയായാലും ഇതിരാക്കുകയാണ് മനസ്സിലിരിക്കും അത് കുഴപ്പമില്ല അങ്ങനെ മരവമായ സാധന ഹിറ്റിന്റെ മണങ്ങൾ എതിരാക്കിയാൽ പറഞ്ഞോട്ടെ ഹിസ്റ്റിന്റെ മണി ഇതാക്കിയ പറഞ്ഞു മാധവമായ സാധനം ഹിസ്റ്റങ്ങൾ എതിരാക്കല്ലേ ഇപ്പൊ തണുപ്പുണ്ടാ ഇല്ലല്ലോ ഇപ്പൊ തണുപ്പില്ലാത്തത് കൊണ്ട് ഹിസ്റ്റിന്റെ മോള് തണുപ്പ് ഇതിലൊക്കെ മാധികമായ ചൂടിനെ വിജയം ഇതിലാക്കിയത് ശേഷം നോക്കി പറഞ്ഞത് അപ്പൊ മാധവത്തിരിക്കാൻ കഴിയൂ എതിരാത്തിരിക്കാൻ കഴിയൂല ഹിസ്റ്റിന് ഇവിടെ ഒരാളുണ്ട് ഇല്ല അത്ര വാസനയില്ല എന്നാസട്ടെ ചെയ്യില്ല അതും അകമു മകമോ അകം എങ്ങനെയാ ഏറ്റാത്തിൽ വരിക അത് എന്താ ഉണ്ടല്ലോ അതിന് മറുപടി ചെയ്തിട്ട് എന്താ കണ്ടിരിക്കാം അങ്ങനെ എന്റെ എങ്ങനെയാണിച്ചാലോ ഇവിടെ ഇന്നലെ വരെയും അത്ര ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതാക്കി ചെയ്തിരുന്നു ഇത് നോമ്പായത് കൊണ്ട് അത്ര എടുത്തു പറഞ്ഞു എടുത്തു പറഞ്ഞപ്പോൾ അത്ര അടിവിൽ ഇതാക്കി ചെയ്തു എന്തുകൊണ്ട് ഇന്നലെ വരെ ഇല്ലാത്തൊരു അനുഭവം ഇങ്ങനെ അനുഭവം അങ്ങനെ കാലം ഇവിടെ ആയ ഞാൻ അടിവിനെ തന്നെ ഇതാക്കി ചെയ്തല്ല മഹത്വം ഉണ്ടാകും അത് കേട്ടിന് അനുഭവപ്പെടുന്നു കറണ്ടിന്റെ പോലെ ഇപ്പം ഇരുട്ടാഴ്ച രണ്ട് പുറത്തൊക്കെ ഒന്ന് നോക്കണം അന്നേരം അന്ന് മന വളർത്തി ഞാൻ പോയി ഒരു താരം പോയാലും മറ്റേ അത് പോലെ ഈ നേതൃത് ഒരു താരനെ മറ്റൊന്നിന്റെ മാസ്റ്റരാണോ അല്ലയോ അല്ലെങ്കിൽ ആരത്തിന് യാതൊരു പങ്കുവല്ലേ നടക്കുന്നുണ്ട് എന്ന് കാണാമെന്നല്ലാതെ ഇത് ഈ താരത്തിന്റെ മാസരാണോ തീരുമാനിക്കാനോ അല്ലാതെ തീരുമാനിക്കാൻ തന്നെ വൈനമാ കായത്തുമാരും ആരത്തു ആരത്ത് പരമാവധി അറിയിച്ചത് എന്താണ് എന്താ പറഞ്ഞത് ഇതുണ്ടാകുമ്പോ ഇത് ഉണ്ടാവൻ അങ്ങനെ കാണുന്നുണ്ട് തീയ്യുണ്ടോ അവിടെ എല്ലാം ചെറിയ ഉണ്ട് എന്നത് ആരത്തിൽ കാണുന്നുണ്ട് എന്ന് പറയാനേ കഴിയുള്ളൂ തീ അതിന് മാത്രം അന്ന് പറയാൻ കഴിവാകൂല അതെന്താണത് അല്ല അന്നകായത്തമാൻ ആരത്തു ലക്തിറാനും വൈനന്നും എന്ന് ഹെറാക്കി ആ ലെ ലക്തനാലുണ്ടാ അഭിപ്രായമാക്കണം ഇങ്ങനെ ആരത്ത് നമുക്ക് ഭയമിച്ച് തന്നത് അല്ലെ ഒരു പരസ്പരം യോജിച്ചു കാണുന്നുണ്ട് നാടിന്റെയും നെഹ്റാത്തിന്റെയും ഇവര് യോജിപ്പ് കാണുന്നുണ്ട് എന്നതാണ് ഇവിടെ പരമാവധി ഒരു തിരിഞ്ഞത് ആരത്തിൽ നിന്ന് വലം വെട്ടിന് തരിത്തീറേ അതിന്റെ തരിത്തീറ് ആ നാളാണോ എല്ലാ കൈകളാണോ എത് നടക്കിയിട്ടില്ല അങ്ങനെ പണി പറഞ്ഞത് വനം മുത്തേ നോക്കട്ടെണ്ടോ എന്നുള്ളത് നോക്ക അത് പണി അപ്പൊ തയ്യാറെ വിഷയത്തില് ഇഹറാഖിന്റെ വിഷയത്തിൽ അതാണോ വയറാണോ തരുത്തീര് ചെയ്തത് എന്നതിന് പഴിയില്ല അപ്പൊ തയ്യൽ അപ്പൊ ലെഹറാക്കിലുള്ള കണ്ടുപിടിക്കുന്നുണ്ടല്ലോ ആ അനുശയ്ക്കിന് അതെല്ലാം ആരത്തിൽ നിന്ന് പഴയ കിട്ടൂല ആണോ അത് അതിന് ഒരു ചത്തുണ്ട് അപ്പൊ ആദത്തിൽ നിന്ന് മുസ്തഫാദിയതാണ് ആ സുബൂത്ത് ഉണ്ടാ എന്നതാണുണ്ടല്ലോ അന്ന കഴിഞ്ഞി ആ വിൻറ്റു ഇന്നാറം തീരി നാറ് ലേറാക്കിന്റെ വിഷയത്തിൽ തപതാണോ അല്ല മാറത്താണോ എന്നതാണ് ഇവിടെ ചർച്ച അപ്പൊ സൈബിൻ ഡാഹർ അത് വേറൊരു കാര്യമാകുന്നു പ്രബുത്ത് എല്ലാവരും സമിതി നാറിന് ലേറാക്കിന്റെ പ്രബുത്തുണ്ട് എന്ന് സമ്മതിച്ചു പക്ഷെ അത് നാറ് ഇതിൽ തപകൾ എന്ന നിലക്കാണോ അല്ല മാച്ചിറ എന്ന നിലക്കാണോ പ്രവർത്തിക്കുന്നത് അപ്പൊ അത് മറ്റൊരു കാര്യമാണ് അനുസരണത്തിൽ അനുസരിതയോ എന്നാണ് തലപ്പൊ സാധ്യത അവർ പറയുന്നു ഹെറാറ്റിന്റെ അത് തപമൻ എന്ന നിനക്ക് മാത്രമാകുന്നു മാത്രക്കെല്ലാം വൈദ്യുണ്ടില്ല ആ കൈറൂഹം അതിനകത്തുള്ളാത്തവറോ യക്കോരൂന ഓർ പറയുന്നു യപ്പോഴും ഇത്ര ലാഭത്ത് അതിന് കാലത്താം യൂറും അവർ പറയുന്നു നിങ്ങൾത്തരത്തിൽ ഉണ്ടായത് മത്തരത്തിൽ എന്ന ഭാഗത്തിൽ കൂടിയാണ് അപ്പൊറാക്ക് രണ്ടാത്തി അതാണ് അരി നമ്മുടെ തുറക്ക് സ്വബൂത്തുള്ള സ്വകൂപ്പില്ല എന്ന വിചാരിച്ചാലും തുറക്കില്ല ഈ സ്വഭൂത്തിന്റെ ഹൈദ്യാ മഹത്തും അങ്ങനെ അത് ആണോ ആ മുഹത്തിറത്തും അത് സിപ്പോൾ മിൻ വൈദ്യുതി ില്ല എന്നല്ലേ ആ തൃതിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ കുക്കുറാണെന്ന് വന്നാതെ കുപ്പറോ ഈ പറഞ്ഞില്ല ആറ് ഉപകാരം നാടി ഒന്ന് കുക്കു തന്നെ രണ്ട് കുക്കുറാണെന്ന് ഖിലാപുണ്ട് എന്നാലോ കവിയെ ഭാഗിക്കാണ് എന്നതിൽ ഖിലാഫില്ല മൂന്ന് മൂത്തറിയാൽ നാല് മുഹാറ്റിക്കേതാണ് കുക്കറ് ഇത് ഇടി തന്നെ മാച്ചറാണ് നാറ് തന്നെയാണ് മാച്ചർ എന്നത് തന്നെ വേറെ കയ്യില് കണ്ട എന്നാ ഇനി പിന്നേരാത് നാറന് ആ അന്നാഹത്ത് മഹാൻ അതന്നെ മറ്റേ കുപ്രാണോ എല്ലാം പറഞ്ഞില്ലേ ചിലപ്പ് അതായത് ലാജിമാണോ ലാജിമല്ലേ അതായത് നാറൻ നെഹ്റാത്ത ലാജിമാണോ ലാജിമല്ലേ ലാജിമാണോ ചെറുതാണ് ലാജിമാണോ എന്ന് നോക്കുന്ന അദ്ദേഹത്തിൽ മുഖത്താവൂ ലാജിമാണോ നോക്കുമ്പോൾ മുഖത്താവും വിജയത്തിന്റെ വച്ചു എന്താണ് വിജയത്തിൽ വന്നു അതിന് പറയുന്നുണ്ട് ഒന്ന് പുറം കൊണ്ടോ ഹനിയത്ത് കൊണ്ടോ നവര്യ ഗടിയുകൊണ്ടോ തൊക്കൂർത്തായ കറാമത്തിന് വേണ്ടി രാത്രി നിഷേധിക്കേണ്ടി വരും അതിക്കും